ശീല സംേതാഭം സമ ഷ ഭാഷ സത്യവും യൂപേ നിശ്ചിതം തദ്ദേശം യൂപേണ നിശ്ചിതം അനുതൃത്തി അനുകാരണ അത് സത്യം ബ്രഹ്മി ബ്രഹ്മ വികാരത്തി അത് കാരണത്വം പ്രാപ്തം ബ്രഹ്മണ കാരണസി കൂപദാചലക്ഷണമാണ് അതിന് ഓരോന്നിനെ ഭാഷകാരം വിശദീകരിക്കുന്ന സത്യം എന്താണ് യഥ്രൂപേണയത് നിശ്ചിതം ഒന്ന് ഇന്ന തരത്തിലാണെന്ന് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നത് മാറാതിരുന്നു കഴിഞ്ഞാൽ അത് സത്യമാണ് മറിച്ചാണെങ്കിൽ അസത്യമാണ് ാന് പറഞ്ഞു അത്വ വികാരം നല്ലതും വാചാരം മണി വികാരവും നമ്മുടെ കേസം ഇതിന് ദൃഷ്ടാന്തമായിട്ട് ഏത് വികാരത്തി നിശ്ചിതം സർപ്പരൂപത്തിൽ നിശ്ചയിച്ചു സർപ്പമാണെന്ന് നിശ്ചയിച്ചു പക്ഷേ തദ്രൂപം ലഭിച്ചരുത് പക്ഷെ അല്പം കഴിയുമ്പോൾ മനസ്സിലാവുന്നത് സർപ്പം അല്ല ഇത് രജ്ജുവാണോ അപ്പൊ അത് അനുദമായി മനസ്സിന് രജ്ജുവാണെന്ന് നിശ്ചയിച്ചു ബോധ്യമെന്ന് അത് മാറുന്നില്ല ആ ബോധ്യം അങ്ങനെ എല്ലാ കാലത്തും എല്ലാ ദേശത്തും അതേ ബോധം തന്നെ അത് സത്യം ആപേക്ഷികമായ സത്യത്തെ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പരമാർത്ഥ സത്യത്തെ ഇങ്ങനെ മനസ്സിലാക്കാൻ വയ്യ അത് രജ്ജുവിനെ പോലെയോ മൃത്തിനെപ്പോലെയോ നമുക്ക് ബോധ്യപ്പെടുന്നില്ല അതുകൊണ്ട് ഉദാഹരണത്തിലുള്ള പറയുന്നത് വിവാചാരംഭം വികാരവും നമുദ്ധേയും മൃത്യകേറ്റീവ സത്യം അത് മൃത്ത് ആണെന്ന് ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ ആ മൃത്തിന് മാറ്റം വരുന്നില്ല ാണ് ഒരാളുടെ ബുദ്ധി നിൽക്കുന്നതെങ്കിൽ മാറിപ്പോകും അപ്പൊ ധനർത്ഥമാണ് അപ്പോ അത് ഇവിടെ ഭാഷകാരൻ ഉദാഹരണത്തിലൂടെ പറയുന്നത് നമ്മുടെ ബുദ്ധി ആശ്രയിച്ചുള്ള നിർണയത്തെയാണ് സത്യത്തിന്റെയും അസത്യത്തിന്റെയും മണ്ണിൽ നിന്ന് പാത്രങ്ങളുണ്ടായി ആ പാത്രങ്ങൾ നിലനിൽക്കുന്നു നശിക്കുന്നു എന്നുള്ളതല്ല അനധത്തെ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടായി പാത്രം നശിച്ചു പോയി അതുകൊണ്ട് പാത്രം അനർത്ഥം അങ്ങനെയല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ മണ്ണും നശിച്ചു പോയി നമ്മൾ കാണുന്ന രൂപത്തിലുള്ള മണ്ണായിരിക്കാനെപ്പോഴും അതിന് കഴിയത്തില്ല അത് വിഘടിച്ച് പരമാണുക്കളായി പല രൂപത്തിലും മാറിപ്പോകും അപ്പൊ അവിടെ ഉണ്ടായി നശിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അത് നിലനിൽക്കുമ്പോൾ തന്നെ അസത്താണ് മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടായി അതിന്റെ സത്യം അറിയണമെങ്കിൽ അതിനെ മണ്ണായിട്ടറിയണമോ അത് പാത്രമായിട്ടറിയണോ അതാണ് അതാണ് ഇവിടെ ചിന്തിക്കുന്നത് അത് സത്യമായിട്ടറിയണമെങ്കിൽ അതിനെ മണ്ണായിട്ട് തന്നെ അറിയണം പാത്രം ഉണ്ടാകുന്നു നശിക്കുന്നത് അതുകൊണ്ടത് അസത്യമാണെന്ന് പറയാം പക്ഷേ അത് മാത്രമല്ല പാത്രം ഉണ്ടാകുന്നു പാത്രം നനിക്കുന്നില്ല എന്നിരിക്കട്ടെ അപ്പോഴല്ല അത് മണ്ണായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പൊ എന്ന് പറയുന്നത് എന്താണോ യദ്രൂപേണ നിശ്ചിതം അവിടെ പ്രാധാന്യം നമ്മുടെ അറിയുന്ന ബുദ്ധിക്കാണ് ബുദ്ധിയുണ്ട് അതിനെ ഗ്രഹിച്ചത് എന്താണിത് മണ്ണാണ് വീണ്ടും കൂടെ കാണുന്ന പാത്രമാണ് പല രൂപത്തിലുള്ള പാത്രങ്ങളായി കാണുന്നു എന്നാലും ആ നിശ്ചയം അതിന് മാറ്റാൻ വരുന്നില്ല എന്താണ് ഇത് മണ്ണ് തന്നെ ഇത് ഏതെല്ലാം രൂപത്തിൽ അനുഭവപ്പെട്ടാലും അത് മണ്ണ് തന്നെയാണ് അതുണ്ടാകുകയോ നിലനിൽക്കുകയോ നശിക്കുകയോ എന്തോ ചെയ്യട്ടെ ഈ മാറ്റങ്ങളിലെല്ലാം ബുദ്ധി നിശ്ചയിക്കുന്ന എന്താണ് ഇത് മണ്ണാണ് മറിച്ചത് ഇന്ന പാത്രമാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത് മണ്ണിൽ നിന്നും വേറിട്ടൊരു പാത്രം എന്നുള്ള രീതിയിലല്ല പാത്രത്തിന് തിരിച്ചും മറിച്ചുമെല്ലാം പരിശോധിച്ചാലും മണ്ണ് മണ്ണല്ലാതെ അതിൽ നിന്നും മറ്റൊരു സാധനം നമുക്ക് കിട്ടുന്നില്ല അപ്പൊ അതാണ് പറഞ്ഞ എതിരൂപേണ നിശ്ചിതം അപ്പൊ പാത്രത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പാത്രത്തെ ഉപയോഗിക്കുമ്പോഴുമെല്ലാം അത് മൃത് ആണെന്നുള്ള നിശ്ചയം അതാണ് സത്യം മറിച്ച് ആ മൃത്തിനെ മറന്നിട്ട് അതിനെ എന്താണ് ഇതൊരു പ്രത്യേക നാമവും രൂപവുമുള്ള ഒരു പ്രത്യേക വസ്തു എന്ന് കരുതിയാൽ അതല്ല ബുദ്ധി ആശ്രയിച്ചിട്ടാണ് സത്യത്വവും അനർത്ഥത്വവും അറിയുന്നവൻ്റെ ബുദ്ധി ആശ്രയിച്ചിട്ടാണ് അതിനാണ് ഈ ഉദാഹരണം കൊടുക്കുന്നത് രാജാരംഭണം വികാരം നമതേയും ബുദ്ധി നാമത്തെ രൂപത്തെ ആശ്രയിക്കുന്നു ആശ്രയിച്ച് ബുദ്ധി എന്താണോ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതെല്ലാം അനർത്ഥം ആ നാമരൂപങ്ങൾക്ക് ആധാരമായിരിക്കുന്ന വസ്തുവിനെ ബുദ്ധി ഗ്രഹിപ്പിക്കുന്നു അപ്പൊ ബുദ്ധി ഗ്രഹിക്കുന്നത് സത്യത്തെ അതിന് പാത്രം ഇല്ലാതാകണമെന്നൊന്നുമില്ല പാത്രം ഇരുന്നാലും ഇനി പാത്രം ഉണ്ടാകണമെന്നുമില്ല പാത്രം ഉണ്ടാകാതിരുന്നാൽ ശരി ബുദ്ധി ഇത് മൃത്താണെന്ന് ബോധിപ്പിക്കുകയാണെങ്കിൽ അവിടെ സത്യബുദ്ധി പാത്രം തന്നെ ആവണമെന്നില്ല അതിനെക്കുറിച്ച് ബൃഹദാരണ്യത്തിനും മറ്റും വിശദമായി ചർച്ച ചെയ്യും മണ്ണുകൊണ്ട് പാത്രം ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിനെ ഒരു പിണ്ടമാക്കുന്നു ഒരു ഉരുളയാക്കുന്നു പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നുണ്ടാക്കി അത് തന്നെ ഒരു പ്രത്യേകിച്ച് പിണ്ട രൂപത്തെ പിണ്ട നാമത്തെ മണ്ണ് പ്രാപിക്കും അപ്പൊ അത് ഒരാൾക്ക് കാണുമ്പോൾ അതൊരു മണ്ണ് ഉരുളയായിട്ടേ കാണാൻ പറ്റുന്നുള്ളു പാത്രം വരെ കാണുന്ന നാമരൂപങ്ങളെ വിട്ടിട്ടൊരു മണ്ണ് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു നമുക്കത് വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു നമ്മൾ പറയുന്നു അത് മണ്ണ് മാത്രമാണ് മണ്ണ് മാത്രമാണെന്ന് പറയുമ്പോഴും നമ്മൾ കാണുന്നത് എന്താ പിണ്ടത്തെ പിണ്ടാകൃതിയെ പിണ്ടം എന്ന നാമത്തെ ഇത് തന്നെയാണ് പിന്നീട് പാത്രങ്ങളിൽ സംഭവിക്കുന്നത് ചട്ടി കലം എല്ലായിടത്തും ഇത് നമുക്ക് തോന്നും അനായസമായി നമ്മൾ മൃത്തിനെ ഗ്രഹിക്കണം നമ്മൾ വാസ്തവത്തിൽ മൃത്തിനെ ഗ്രഹിക്കുന്നുണ്ട് അവരുടെ അത് വളരെ അനായാസമാണെങ്കിലും നമുക്കത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല നമ്മളതിൻ്റെ ആകൃതിയോടും ആകൃതി വിശേഷത്തോടും നാമത്തോടും കൂടി ഗ്രഹിക്കുന്നുണ്ട് അതിനെ വിട്ടിട്ട് മൃത്തിനെ മാത്രം ഗ്രഹിക്കുക അനായാസം തോന്നിയാലും എളുപ്പമാണ് കാരണം ബുദ്ധിക്ക് ാമരൂപങ്ങളെ വിട്ട് വസ്തുവിനെ ഗ്രഹിക്കുന്നതിനുള്ള അഭ്യാസം വാസ്തവത്തിൽ നാമരൂപങ്ങളെ വിട്ട ഒരു വസ്തുവാണ് പക്ഷെ ഏതെങ്കിലും നാമരൂപങ്ങളെ അതിനിരിക്കാൻ കഴിയും നാമരൂപങ്ങളെ ആശ്രയിക്കാതെ അതിനിരിക്കാൻ വ്യത്യാസത്തെയാണ് ഇവിടെ സത്യാനൃതങ്ങളുടെ ഭേദമായിട്ടെടുത്ത് കാണിക്കുന്നത് അപ്പം മൃത്ത് മൃത്തെന്നുള്ള നാമം വിട്ട് മറ്റേതെങ്കിലും ഒരു രൂപത്തിലായി കഴിഞ്ഞാൽ അത് ആ ബോധം അനുതമായി അങ്ങനെ ആ ബോധത്തിൽ അതിനെ ഗ്രഹിച്ചാൽ പാത്രമായിട്ടോ പിണ്ടമായിട്ടോ ഏത് തരത്തിലായ അവിടെയെല്ലാം ആനന്ദബുദ്ധി വരുന്നു മറിച്ച് അത്തരം പ്രത്യേകതകളൊന്നും കൂടാതെ മൃത്തായിട്ട് മാത്രം ഗ്രഹിച്ചു അതെന്താണ് പ്രത്യേകതകളൊന്നും കൂടാതെ മൃത്തായിട്ട് ഗ്രഹിക്കുക അവിടെ മൃത്തിനെ കേവലൊരു തത്വമായിട്ട് മാത്രം ഗ്രഹിക്കുക ഈ എല്ലാ പരിണാമങ്ങൾക്കും ആധാരമായിരിക്കുന്ന എല്ലാ പരിണാമങ്ങളിലും അനുസ്യൂതമായിരിക്കുന്ന ഒരു തത്വം അങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അമൃത്തിനെ സംബന്ധിച്ചുള്ള സത്യബുദ്ധിയാണ് ആ സത്യബുദ്ധി അത് പാത്രത്തിലും അതുണ്ടാവണം പിണ്ടത്തിലും അതുണ്ടാവണം അമൃത്ത് ചൂർണ്ണമായിരിക്കുമ്പോഴും അതിലുണ്ടാവണം സർവത്ര ആ സത്യ ബുദ്ധിയുണ്ടാവും അതിന്റെ ആ വിശേഷതകളെല്ലാം തിരസ്കരിച്ചിട്ട് ചുവർണം എന്നുള്ള പിണ്ടം എന്നുള്ള പാത്രം എന്നുള്ള വിശേഷതകളെല്ലാം തിരസ്കരിച്ചിട്ട് മൃതത്വം എന്ന് ഗ്രഹിക്കുക തത്വഗ്രഹണം അതാണ് സത്യം അതാണ് മൃത്തികെ ദൈവസത്യം ദേവകാരൻ പറഞ്ഞിരിക്കുന്നത് സദേവ സത്യം അവധാരണ ഇതുപോലെയാണ് അവിടെ പറഞ്ഞത് സത്യം ഇതമഗ്രഹം അതിനെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടൂടെ ഭാഷകാരം പറയാണ് അതാ സത്യം ബ്രഹ്മേദി സത്യം ബ്രഹ്മേദി ബ്രഹ്മ നിവർത്തയുന്നു അതുകൊണ്ട് സത്യം ബ്രഹ്മ എന്ന് ബോധിപ്പിക്കുമ്പോൾ ബ്രഹ്മത്തെ എല്ലാ വികാരങ്ങളിൽ നിന്നും നിവർത്തിപ്പിക്കുന്നു ഇത് മൃത്താണെന്ന് ബോധിപ്പിക്കുമ്പോ അതിന്റെ എല്ലാ രൂപങ്ങളിൽ നിന്നും നാമങ്ങളിൽ നിന്നും അതിനെ നിവർത്തിപ്പിക്കുന്നു അങ്ങനെ ഒരു ബുദ്ധിയെ ഉണ്ടാക്കുന്നു പക്ഷെ നമുക്കതിന് കഴിയാറില്ല നമുക്കൊരിക്കലും മൃത്തിനെ തത്വമായി ഗ്രഹിക്കാൻ പറ്റത്തില്ല ഒന്നുകിൽ നമ്മളതിനെ ചൂർണമായി ഗ്രഹിക്കും അല്ലെങ്കിൽ പിണ്ടമായി ഗ്രഹിക്കും അതുമല്ലെങ്കിൽ നമ്മളതിനെ പാത്രങ്ങളായിട്ട് കിരിക്കും ആ ഇത് മൃത്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുക ശരിയാണ് മൃത്താണ് ഇത് മൃത്ത് തന്നെയാണ് ഇതെന്താ ഇത്രയും മനസ്സിലാക്കാതിരിക്കുന്നത് വളരെ അനായാസമാണല്ലോ മൃത്ത് പാത്രം മൃത്താണെന്ന് പറയും മണ്ണാണെന്ന് പറയുന്നത് അതെന്താ വലിയ രഹസ്യം എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ അവിടെ നമ്മൾ ആ പറയുന്ന സമയത്ത് നമ്മളതിനെ നാമരൂപ വിനർമുക്തമായി അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വളരെ നിസാരമാണിത് പക്ഷെ ആ രീതിയിൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല പറയുന്ന കാര്യം നമ്മൾക്ക് മനസ്സിലാവുന്ന പോലെ തോന്നുന്നു പക്ഷെ കേവലം മൃത് അതും നമുക്ക് ബുദ്ധി അവിടെ നിൽക്കുന്നില്ല ി ഒരാളങ്ങനെ ബലം പ്രയോഗിച്ച് ഇത് മൃത്താണെന്ന് നിശ്ചയിച്ചു എന്നിരിക്കട്ടെ പക്ഷേ ആ ബുദ്ധി അവിടെ നിൽക്കത്തില്ല കാരണം ഈ മുമ്പിലിരിക്കുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്താണ് ഇത് തടിയാണ് അതറിയാം പക്ഷെ ഇതിനെ കാണുമ്പോ ഇതിന് മേശയായിട്ടേ കാണാൻ കഴിയത്തുള്ളൂ എന്താണോ ഈ മേശയ്ക്ക് ഉപാധാനമായിരുന്ന ആ വസ്തുവായിട്ട് കാണാൻ കഴിയത്തില്ല അതാണെന്നറിയാം എന്നാലും അതിനെ അതായിട്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല ഇനി അങ്ങനെ ഗ്രഹിച്ചു കൊന്നിരിക്കട്ടെ ആ ഇത് പ്രത്യേക നാമരൂപങ്ങളെ പ്രാപിച്ച ഒന്നാണ് എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാലും ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ ആഗ്രഹണം വിട്ടോ മേശ എന്നുള്ള നിലയ്ക്ക് ഞാനിതിനെ ഉപയോഗിക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ഭാവമേ വരത്തുള്ളൂ അന്നത ഭാവം ഇത് മേശയാണ് അപ്പോ ഇവിടെ ശ്രുതി എന്താണ് ബോധിപ്പിക്കുന്നത് ആ തത്വത്തെ മനസ്സിന്റെ നിശ്ചയം അതാണ് ബോധിപ്പിക്കുന്നത് എന്തിനുവേണ്ടി വികാര നിവർത്തയി വികാരങ്ങളിൽ നിന്നുള്ള മനസ്സിന് മാറ്റമാണ് അതാണ് തത്വഗ്രഹണം എന്ന് പറയുന്നത് അതാണ് ശ്രമിക്കുന്നത് പക്ഷേ ആ തത്വഗ്രഹണം സംഭവിക്കുന്നില്ല ദൃഷ്ടാന്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം അത് മാത്രമല്ല ഇവിടെ രണ്ട് കാര്യങ്ങൾ വരുന്നത് ഒന്ന് തത്വം മറ്റൊന്ന് വികാരം തത്വം നമ്മൾ ഗ്രഹിക്കുന്നു ഇതെന്താണോ മൃത്താണ് തത്വം പാത്രങ്ങളും മറ്റും വികാരങ്ങളാണ് ഇത് മനസ്സിലാക്കുന്നു ഇത് മനസ്സിലാക്കുമ്പോഴും നമ്മുടെ ബുദ്ധി കൂടുതലും പ്രവർത്തിക്കുന്ന വികാരങ്ങളിലാണ് അത് മാത്രമല്ല നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാകുന്നു ഈ തത്വത്തിൽ നിന്നാണ് ഈ വികാരങ്ങളെല്ലാം ഉണ്ടായത് മൃത്തിൽ നിന്നാണ് മൺപാത്രങ്ങളെല്ലാം ഉണ്ടായത് വീണ്ടും അവിടെ കാര്യ കാരണബന്ധമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മൾ കാരണത്തെയും സത്യമായി കാണുന്നു കാര്യവും നമുക്ക് സത്യമായി അനുഭവപ്പെടുന്നു മൃത്ത് സത്യം തന്നെ സംശയമില്ല വികാരങ്ങൾ നമുക്ക് സത്യമായിട്ടാണ് അനുഭവപ്പെടുന്നത് വികാരൂപത്തിൽ തന്നെ അപ്പോ അത് കാരണത്വം പ്രാപ്തം ബ്രഹ്മണ ബ്രഹ്മത്തിൽ കാരണത്വം വികാരത്തെക്കുറിച്ച് ചിന്തിച്ച ഉടനെ കാരണത്വം നമ്മൾ നിശ്ചയിക്കുന്നെന്താണ് മണ്ണ് കൂടാതെ മൺപാത്രങ്ങൾ ഉണ്ടാകത്തില്ല നിലനിൽക്കത്തില്ല മൺപാത്രങ്ങൾക്കെല്ലാം മണ്ണ് കൂടിയേ തീരൂ കാരണത്വം പ്രാപ്തം വികാരങ്ങളെ കാണുന്നവൻ അതിന്റെ കാരണത്വവും അവൻ നിശ്ചയിക്കും ഇതാണ് ഇതിന് കാരണം അങ്ങനെ വന്നുകഴിഞ്ഞാലോ കാരണത്തിൽ സ്ഥിര കാരകത്വം അതിൽ കാരകത്വം വരും ഒന്നിൽ കരണത്വം കല്പിച്ചു കഴിഞ്ഞാൽ അതിൽ കാരകത്വം വരും ആ കാര്യത്തിന് അത് ഹേതുവായി തീരുന്നു പലതരത്തിലും ഹേതുത്വം വരും മുഖ്യമായി കർത്തൃത്വം തുടങ്ങി കാരകത്വം വരും മണ്ണിൽ നിന്ന് പാത്രങ്ങളുണ്ടായെങ്കിൽ ആ മണ്ണൊരു കാരണമാണല്ലോ അത് നമ്മളതിനുപാദാന കാരണമെന്ന് പറയും അതിന്റെ സൃഷ്ടിക്കത് കാരണമായി തീരും അത് മാത്രമല്ല അവിടെ വേറൊരു വ്യക്തി വന്നു കുലാലൻ വന്നു അയാളും ക്രിയ വന്നു ഉടനെ മറ്റൊരു വസ്തു രൂപപ്പെട്ടു അപ്പൊ കാരകത്വം എവിടെ കാരണത്വം വരുന്നു അവിടെയെല്ലാം കാരകത്വം വരും വസ്തുത്വ അതൊരു വസ്തു നിയമമാണ് അത് ബ്രഹ്മത്തിലത് വരാൻ പാടില്ല നമ്മൾ കാണുന്ന വസ്തുക്കളിലെല്ലാം അങ്ങനെയാണ് ഒരു കാരണത്വം വന്നു അതിൽ കാരകത്വം വരും ഒരു ചെയ്യുന്നവൻ അതിനോട് ചേർന്ന് വരുന്ന പലതും സ്വയം ചെയ്യുന്നവനാകുന്നുണ്ട് പക്ഷെ ആ പാത്രത്തെ ഉണ്ടാക്കുന്ന ഒരുവൻ മൃത്തിനെ ആശ്രയിക്കുന്നു അത് ഉപാദാനമാകുന്നു അതിനെ ആശ്രയിച്ച് പലതും നടക്കുന്നു പല പ്രവൃത്തികളും നടക്കുന്നു കാരകത്വം അചിദ്രൂപത മൃദത്വം എന്ന് കഴിഞ്ഞാൽ അത് അചിത്തായി ഇത് വിശദമായ ചർച്ച ചെയ്യും ചിത്തിൽ കാരകത്വമില്ല ചിത്ത ജ്ഞാനം ജ്ഞാനത്തിൽ കാരകത്വമില്ല ജ്ഞാനത്തിൽ കാരകത്വമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ജ്ഞാനം കൊണ്ട് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ജ്ഞാനത്തെ നമ്മൾ പറയുന്ന ജ്ഞാനത്തെ പ്രവർത്തിപ്പിക്കുന്നു പക്ഷെ അതൊന്നും വാസ്തവത്തിലാണെന്ന് സംഭവിക്കുന്നില്ല ഞാനൊന്നും ചെയ്യുന്നില്ല ഞാനൊന്നും ചെയ്യിപ്പിക്കുന്നില്ല ഞാനും ഒന്നിന് നിമിത്തമായി തീരുന്നില്ല അതൊന്നും സംഭവിക്കുന്നില്ല അത് സംഭവിക്കുന്നതിൽ അവിടെ അച്ചുത്തിൽ ജടത്തിൽ സംഭവിക്കുന്നു പാത്രത്തിന് മണ്ണ് നിമിത്തമായി തീർന്നു പക്ഷേ ഒന്നിനെ കാരണമായി സ്വീകരിച്ചു അവിടെ ഇതെല്ലാം വരും ഞാനൊന്നിനും കാരണമല്ല ജ്ഞാനത്തിൽ സംഭവിക്കുന്ന എന്താണ് നമ്മൾ ധരിക്കുന്ന എന്താണ് ജ്ഞാനം എനിക്ക് പുസ്തകത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായി അങ്ങനെ നമ്മൾ കരുതുന്നു ജ്ഞാനം പുസ്തകത്തെ ഗ്രഹിക്കുന്നു ആരാഗ്രഹിക്കുന്നത് ജ്ഞാനം ഞാന ഗ്രഹിക്കുന്നവനായി കരകത്വം ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് ജ്ഞാനത്തിലുള്ള അത്തരത്തിലൊന്നും സംഭവിക്കുന്നില്ല ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് ഈ സർവ വികാരങ്ങൾ വികാരങ്ങൾക്ക് നിന്നും ഇതിൽ നിന്നും പിരിയാൻ വരും അവിനാഭാവം എന്ന് പറയും അതാണ് വാസ്തവത്തിൽ ജ്ഞാനത്തിലുള്ളത് സർവത്തെയും ജ്ഞാന ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ ജ്ഞാനത്തിൽ അവിടെ എന്തെങ്കിലും ഒരു കരകത്വം വരുന്നുണ്ടോ മറിച്ച് ജ്ഞാനത്തിൽ നിന്ന് ഇതിനൊന്നും പിരിഞ്ഞു നിൽക്കാൻ കഴിയാ ഏതുപോലെയാണോ നമുക്ക് ആകാശത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാതെ ഒരു വസ്തുവിൽ ഒരു വസ്തുവിനും ആകാശത്തിൽ നിന്ന് മാറി നീക്കാതെ സാധ്യമല്ല കാരണം അത് അവകാശ രൂപ അവകാശദാതൃത്വം വിധം അതാണ് ആകാശം അതിൽ നിന്നിങ്ങനെ വസ്തുവിനെ മാറാൻ കഴിയും ഇവിടേക്ക് മാറുന്നു അത് ആകാശത്തിലേക്കായിരിക്കും ആകാശം പ്രത്യേകിച്ച് വസ്തുവിനെ നിലനിർത്തുന്നു ആകാശത്തിൽ അതിലെന്തെങ്കിലും കാരകത്വം ഉണ്ടോ ഇല്ല അതിനെ ആകാശം ആരെയും തന്നിലേക്ക് പിടിച്ചു നിർത്തുന്നുണ്ടല്ലോ അതിന് കാരകത്വം ഇല്ലെന്ന് പറയുന്നു ആകാശം പറയുന്നില്ല നീ ഇവിടെ നിൽക്കുക ഇവിടെ ഇരിക്കുക ഇവിടെ നടക്കുക അത് ആകാശം ആവശ്യപ്പെടുന്നു പക്ഷേ ആകാശത്തിൽ നിന്ന് മാറാൻ കഴിയത്തില്ല അതുപോലെ ജ്ഞാനവും വിഷയങ്ങളും അതിനെ അവിനാഭാവവും പറയും അതുമാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ അല്ല കാരകത്വം ഈ വിഷയങ്ങൾക്ക് ജ്ഞാനത്തെ വിട്ടു പറ്റുന്നില്ല മറച്ചൊരു കാരകത്വം ഇല്ല അങ്ങനെ വന്നുകഴിഞ്ഞാലോ അച്വിടെയെല്ലാം കാരകത്വമുണ്ടോ അവിടെയെല്ലാം അച്ത് രൂപതയുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ സർവവസ്തുക്കളിലും ചലനമുണ്ട് സർവവസ്തുക്കളും ചലിക്കുന്നു എന്തൊക്കെ അനുഭവപ്പെടുന്നു അതിനും ചലിക്കുന്നു പദാർത്ഥം ആ ചലനമുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു അത് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നു ഗതി അതിന് സംഭവിക്കുന്നു ആകാശമാണെങ്കിലോ അതിന് ചലനമില്ല ഗതിയില്ല പക്ഷേ ആകാശത്തെ ആശ്രയിക്കാതെ ഈ വസ്തുക്കൾക്ക് ഗതി അത് സംഭവിക്കത്തില്ല കാരണം ഒരു ദേശത്തു നിന്ന് വേറെ ദേശത്തേക്ക് പോകുന്നു അപ്പോൾ ക്രിയാശൂന്യമായ ആകാശത്തെ ആശ്രയിച്ചുകൊണ്ട് വസ്തുക്കളിൽ ഗതി സംഭവിക്കുന്നു അതിനുള്ള ക്രിയ വസ്തുക്കളിലുണ്ട് അതുപോലെ ജ്ഞാനം കാരകശൂന്യമാണ് അത് കാരകത്വമില്ല അതിനെ ആശ്രയിച്ചുകൊണ്ട് സർവവസ്തുക്കളിലും കാരകത്വമുണ്ട് ജ്ഞാനം ഒഴികെയുള്ള സർവത്തിൽ അതുകൊണ്ട് കാരകത്വം ജ്ഞാനത്തിൽ വരാൻ പാടില്ല വന്നാൾ അജിത് രൂപത ഇവിടെ ഇതിലെല്ലാം കാരകത്വം കാണുന്ന അതെല്ലാം ജഡമാണോ അതുകൊണ്ടിവിടെ പറഞ്ഞു ഇതം വിച്ചിരി ജ്ഞാനം ബ്രഹ്മ ജ്ഞാനമാണോ ഏകദേശം ആകാശത്തെ പോലെ അത് നിഷ്ക്രിയമായിരുന്നു കൊണ്ട് അശ്വമേത് ജഡമാണോ പക്ഷെ നിഷ്ക്രിയമാണ് മറ്റു ജനങ്ങളെല്ലാം സക്രിയമാണ് പക്ഷെ ആകാശം നിഷ്ക്രിയമായിരുന്നു കൊണ്ട് സർവചലനങ്ങൾക്കും അത് ആധാരമായിരിക്കുന്നു അതുപോലെ ഈ ജ്ഞാനവും കാരകമല്ല അത് ക്രിയാശൂന്യമായിരുന്നു കൊണ്ട് സർവക്രിയകൾക്കും അത് ആശ്രയമായിരിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ജ്ഞാനം ആ ക്രിയാശൂന്യത്തെ ക്രിയാശൂന്യമെങ്കിൽ അവിടെ അത് കാരണവുമല്ല ചെറിയവരുടെ അടുത്ത കാരണത്തും വരെ അത് കാരണമല്ല ഞാൻ പിന്നെ അറിയുന്നു എന്ന് പറയുന്നതോ വിഷയങ്ങൾ അറിവിൽ നിലനിൽക്കുന്നു അതിനർത്ഥമാണ് അതിൽ കവിഞ്ഞ് ജ്ഞാനത്തിൽ വിഷയങ്ങളെ വെളിപ്പെടുത്തുന്ന പ്രത്യേകിച്ച് ക്രിയ ഒന്നുമില്ല നമ്മൾ ധരിക്കുന്നത് നമ്മൾ പറയാം അറിവ് സമ്പാദിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ട് അറിവില്ലങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല സദാ വിഷയങ്ങൾ നിന്ന് പിരിയാൻ ജ്ഞാനത്തിൽ നിന്ന് പിരിയാൻ കഴിയാത്ത വിഷയങ്ങൾ ജ്ഞാനത്തിൽ സ്ഥിതി ചെയ്യുന്നു അതാണ് ജ്ഞാനത്തിൻ്റെ നില അത് കാരകമല്ല അതിശയം സർവാശ്രയമായിരിക്കുന്നു സർവക്രിയകൾക്കും ആധാരമായിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ പറയുന്നു അത് ക്രിയാശൂന്യമാണ് ജ്ഞാനം ഞക്തിരവോധോ ഭാവസാധനവും ജ്ഞാനശബ്ദോ ശബ്ദത്തിൽ നിന്നതെങ്ങനെ മനസ്സിലാക്കുമെന്നുള്ളതാണ് ചോദ്യം ഗമെന്ന് പറയുന്ന നമുക്കറിയാം പോവുക ഗമിക്കൽ എന്തുകൊണ്ടാ ഗമനം എന്നുള്ള ശബ്ദത്തിൽ നിന്ന് നമുക്ക് അർത്ഥം കിട്ടുന്നത് കാരണം ഗമ എന്ന് പറയുന്ന ധാതു അതിന്റെ അർത്ഥം ഗമിക്കുക എന്നുള്ളതാണ് അതിന്റെ മുഖ്യമായ അർത്ഥത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ ഗമനം ഗമധാതു പ്രത്യേക പ്രത്യേകം വന്നു ദമനം എന്നുള്ളത് അപ്പോൾ ആ ധാതുവിന്റെ അർത്ഥത്തെ വെളിപ്പെടുത്താൻ ധാത്തു അർത്ഥം എന്ന് പറയുന്ന ക്രിയ അതിനാണ് ആ രൂപം വന്നിരിക്കുന്ന ഗമനം ധാതു എപ്പോഴും അതിൻ്റെ അർത്ഥത്തെ ആയിരിക്കില്ല വെളിപ്പെടുത്തുന്നത് അതിൽ നിന്ന് തന്നെ പറയുന്നു ഗമിക്കുന്നവൻ അവിടെ ക്രിയയല്ല ആ പ്രവർത്തിക്കുന്നവനിലേക്ക് പോയി ഒരേ ധാതു തന്നെ അർത്ഥഭേദം വരുന്നു അവരിടത്ത് ഗമനക്രിയയെ ബോധിപ്പിച്ചു ഒരിടത്ത് ഗമിക്കുന്നവനെന്ന് ബോധിപ്പിച്ചു അങ്ങനെ പലതിനെയും ബോധിപ്പിക്കും പക്ഷെ ഗമനം എന്ന് പറയുന്നിടത്ത് എന്ത് ചെയ്യുന്നു ഭാവത്തെ ബോധിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നിടത്ത് എന്തിനും ബോധിപ്പിക്കുന്നു ഞാൻ ധാതു എന്റെ അർത്ഥം എന്താണ് അപ്പൊ ജ്ഞാനം ഗമനം എന്ന് പറഞ്ഞതുപോലെ ക്രിയെ ബോധിപ്പിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ ജ്ഞാനം കാരകമല്ല എന്നെല്ലാം പറഞ്ഞാ ശരിയാകും അല്ലാതെ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ജ്ഞാനശബ്ദത്തിന് എന്താ അർത്ഥം ധാതുവിൽ നിന്നും ഭാവാർത്ഥത്തിൽ ക്രിയാർത്ഥത്തിൽ ഒരു പ്രത്യേകമാണ് കഴിഞ്ഞാൽ വാടി പ്രത്യേക നിയമം ഉണ്ടാക്കിട്ടുണ്ട് ലുട്ട് എന്ന് പറയുന്ന ഒരു പുറത്തെ അത് വന്നു കഴിഞ്ഞാൽ ഇത്തരം രൂപങ്ങൾ വരും അതെല്ലാം ക്രിയയെ ബോധിപ്പിക്കുകയാണ് ഭാഷയുടെ ഒരു നിയമമാണോ അപ്പം ജ്ഞാനത്തിൽ നിന്ന് നിങ്ങൾ എന്താ ധരിക്കുന്നത് ജ്ഞാനക്രിയ ആണോ അല്ല എന്ന് പറയാൻ കഴിയുന്ന കാരണം ക്രിയാർത്ഥത്തിലാണ് ഇവിടെ ജ്ഞാനശബ്ദം ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ അദ്വൈതം പറയുമ്പോൾ ഈ സാമാന്യ നിയമങ്ങളോ ഭാഷയുടെ നിയമങ്ങളെല്ലാം ലംഘിക്കുകയാണോ അങ്ങനെ ഭാഷയുടെ നിയമങ്ങളെ ലംഘിച്ചു കഴിഞ്ഞാൽ ആർക്കും എന്തും പറയാവരും അപ്പോൾ ഒരു പരസ്പര ചർച്ചയ്ക്ക് അവിടെ പ്രസക്തി ഇല്ലാതെ ഒരാൾ പറയുന്നതിനെ നമ്മൾ അംഗീകരിച്ചു ഇതങ്ങനെ ഒരു ചർച്ചയാണ് അപ്പൊ ജ്ഞാനശബ്ദത്തിന് എന്താ ജ്ഞാനക്രിയ എന്നുള്ള അർത്ഥം എടുക്കാൻ പറ്റും എടുത്തുകഴിഞ്ഞാൽ അത് കാരണമായി അനിത്യമായി മുമ്പ് പറഞ്ഞ സത്യം എന്ന് പറയുന്നതിന് വിരോധം അതുകൊണ്ട് പറയുന്നു ജപ്തി അവബോധം അത് നിങ്ങൾ ധരിക്കുന്നത് പോലെ ഞാനക്രിയയല്ല ജ്ഞാനക്രിയെന്ന് ധരിക്കുന്നതിന് എന്താ തെറ്റ് കാരണം ഞാൻ അറിയുന്നു പറയുന്നു എന്നറിയുക എന്നൊരു പ്രവൃത്തി നടക്കുന്നുണ്ട് അവൻ്റെ ജ്ഞാനത്തിൽ ക്രിയയില്ലെന്നിങ്ങനെ പറയാൻ പറ്റും സ്വ അനുഭവം എന്തേ അത് ശരിയാണ് ഞാൻ അറിയുന്നു ഒരു അനുഭവം എന്നുണ്ട് പക്ഷെ അവിടെ ജ്ഞാനത്തിൽ ക്രിയയെ ആരോപിക്കുകയാണ് ആ ജ്ഞാനത്തിൽ ക്രിയ സംഭവിക്കുന്നുണ്ട് ജ്ഞാനത്തിൽ എന്ത് ക്രിയ ആരോപിക്കുന്നു ആരാ ആരോപിക്കുന്നത് എവിടുന്ന് ജ്ഞാനത്തിൽ ആരോപിക്കാൻ ക്രിയ വന്നു എന്നെല്ലാം ചോദിച്ചു ആ ജ്ഞാനത്തിന്റെ ക്രിയെന്ന് പറയുന്ന എന്താണ് മനോവൃത്തികൾ മനസ്സെന്ന് പറയുന്ന എന്താണ് ഭൗതികമായ പരിണാമമാണ് ഭൗതികമായ വസ്തുക്കളെല്ലാം ക്രിയ വരാം മനസ്സ് ഒരു ഭൗതിക പരിണാമമാണ് അപ്പോൾ അതിന് ചലനം ക്രിയയും ഇതെല്ലാം ജ്ഞാനത്തിലേക്ക് ആരോപിക്കുന്നു എന്നിട്ട് പറയുന്നു അറിയുന്നു പരമാർത്ഥത്തിലോ ജ്ഞാനം ക്രിയാരഹിതമാണോ മനസ്സിൻ്റെ വൃത്തിരഹിതമാണോ അതിനെ എടുക്കണം മറ്റുള്ളവടത്ത് അത് കിട്ടത്തില്ല മറ്റ് ശബ്ദങ്ങളിലൊന്നും ഈ സവിശേഷത വരത്തില്ല ദമനമെന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്രിയുണ്ട് ഗമിക്കുന്നു ഒരാൾ പോകുന്നു അയക്കിൾ പ്രാപിക്കേണ്ടതായ ഒരു ദേശമുണ്ട് ഗ്രാമം ഗ്രാമത്തിലേക്ക് പോകുന്നു അപ്രവൃത്തി ചെയ്യുന്ന ഒരുവനുണ്ട് ഗമിക്കുന്നവൻ രാമൻ അവിടെ കർത്താവുണ്ട് ദമനക്രിയുണ്ട് ദമനത്തിന്റെ കർമ്മമുണ്ട് ഗ്രാമം ഇവിടെ അങ്ങനൊന്നുമില്ല ഇവിടെ ജ്ഞാനം എന്ന് പറയുമ്പോൾ എന്റെ അനുഭവം നിരന്തരം ഞാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു നാനാ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു പ്രവൃത്തി ഈ മനസ്സിന്റെ ഒഴുക്ക് ഇതെന്താണ് മനസ്സിൻ്റെ പരിണാമമാണ് ആ മനസ്സിലതുണ്ട് മനസ്സിൻ്റെ പദാർത്ഥമാണ് വസ്തുവാണ് അതിന് ക്രിയുണ്ട് അതിനെ ജ്ഞാനത്തിൽ ആരോപിക്കുന്നു ജ്ഞാനത്തിൻ്റെതാണ് ധരിക്കുന്നത് അതുകൊണ്ട് കൂടെ എന്താണ് ജ്ഞാനം എന്ന് പറയുമ്പോൾ ആ ക്രിയാരഹിതമായ ജ്ഞാനത്തെ ധരിക്കണം മനസിന്റെ ക്രിയകൾ കൂടാതെയുള്ള ജ്ഞാനം ഞക്തി അവബോധോ ഭാവസാധനം ജ്ഞാന ശബ്ദവും അതുകൊണ്ടിവിടെ ആ അവബോധമായിട്ടെടുക്കുന്നു കേവലമായ ചിത്തായിട്ടെടുക്കണം അല്ലാതെ നമ്മൾ ധരിക്കുന്ന സാധനം ജ്ഞാനമെന്നുള്ള അർത്ഥം എടുത്താൽ പോരാ അതുകൊണ്ടാണ് പറഞ്ഞത് ഭാവസാധനമാണ് ഭാവവിത്പത്തിയാണ് അതിനുള്ളത് ധാതുവിൽ നിന്നും ഭാവം അല്ലെങ്കിൽ കെറിയ അർത്ഥത്തിലുള്ള പ്രത്യേകം വന്ന് നിഷ്പന്നമായ ഒരു രൂപമാണ് ഞാൻ ശബ്ദം ആ ഭാഷാപരമായ മര്യാദയുടെ സ്വീകരിക്കുന്നു അതില്ലെങ്കിൽ ആശയവിനിമയം അസാധ്യമായി തീരും അത് സമ്മതിക്കുന്നു പക്ഷേ അത് എന്താണ് ജപ്തിയാണ് ജപ്തി എന്ന് പറയുമ്പോൾ ക്രിയാരഹിതമായിരിക്കുന്ന അച്ഛ അതാണ് അതെന്താ അതാണ് നമുക്ക് മുമ്പ് പറഞ്ഞല്ലോ മൃത്തികെ തീവ്രസത്യം മൃത്താണ് സത്യമെന്ന് നമ്മളെ ബോധിപ്പിച്ചാലും നമുക്ക് പാത്രങ്ങളായിട്ട് എങ്ങനെ ഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ ആ നാമരൂപങ്ങളെ വിട്ടിട്ട് മൃത്തായിട്ട് ഗ്രഹിക്കാൻ പറ്റില്ല അങ്ങനെ ഗ്രഹിച്ചാലും വീണ്ടും മനസ്സ് വന്നിട്ട് പറയും ഇത് പാത്രമാണ് അത് മനസ്സിന്റെ ശീലം അതുപോലെ തന്നെ ഞാനത്തെ സംബന്ധിച്ചും പറ്റുന്നത് അത് ജ്ഞപ്തിയാണ് കേവല അവബോധമാണ് ക്രിയാശൂന്യമാണ് കാരകശൂന്യമാണ് എന്നെല്ലാം ധരിച്ചു കഴിഞ്ഞാലും വീണ്ടും പറയും ഞാൻ അറിയുന്നു എന്റെ മനസ്സ് പ്രവർത്തിക്കുന്നു എന്റെ അറിവ് ഒരു വിഷയത്തിൽ നിന്നും വേറെ വിഷയത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്റെ അറിവ് നാനാ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു വിസ്മരിക്കുന്നു ഇങ്ങനെ ജ്ഞാനത്തിൽ ധാരാളം ക്രിയകൾ ആരോപിച്ചു പക്ഷെ അത് പാടില്ല ഇവിടെ കേവലമായ ഞെത്തിയ എടുക്കണം എന്തുകൊണ്ട് ബ്രഹ്മവിശേഷണ ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മത്തെക്കുറിച്ചാണ് ക്രിയാരൂപത്തിലുള്ള ജ്ഞാനമല്ല അങ്ങനെ ഒരു ജ്ഞാനമുണ്ട് അത് മനസ്സാണ് ഇവിടെ ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുകയാണ് മനസ്സിനെ കുറിച്ച് പറയുകയല്ല സത്യ അനന്താധ്യാംസാണ് അതും ഒറ്റയ്ക്കല്ല ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു സത്യത്തോടും അനന്തത്തോടും ചേർന്നു ഈ മൂന്ന് ശബ്ദങ്ങളും സ്വതന്ത്രമായ ലക്ഷണങ്ങളാണ് സ്വതന്ത്രമായ വിശേഷങ്ങളുമാണ് അതുകൊണ്ട് ഒന്നും മറ്റൊന്നിന് വിരോധം വരാൻ പാടില്ല ജ്ഞാനമെന്ന് പറയുമ്പോൾ അത് സത്യമോ അനന്തമോ അല്ലാതാകാൻ പാടില്ല സത്യം എന്ന് പറഞ്ഞാൽ അത് ജ്ഞാനവും അനന്തമായിരിക്കണം അനന്ത പറഞ്ഞാൽ അത് ജ്ഞാനവും സത്യവുമായിരിക്കണം അപ്പൊ സത്യാനന്ദാഭ്യാസ സത്യാനന്ദങ്ങളോട് ചേർത്താ പറഞ്ഞിരിക്കുന്നത് ഇത് മൂന്നും ഒന്നിനെ തന്നെ ബോധിപ്പിക്കണം ഓരോന്നും ഒന്നിനെ തന്നെ ബോധിപ്പിക്കണം അതുകൊണ്ട് മൃത്ത് കാണുമ്പോൾ നമുക്ക് വരുന്ന ഭ്രമം ഇത് അത് ബോധിച്ചിട്ടും ബോധിക്കാൻ കഴിയാ ആ ബുദ്ധി തന്നെ പിന്തുടരുക അത് ഈ ജ്ഞാനത്തിൽ സംഭവിച്ചിരിക്കുന്നു കാരകത്വം ക്രിയാ രൂപം അത് നിഷേധിക്കാൻ വേണ്ടി പറയുന്നു അതല്ല ഇത് വിജ്ഞപ്തിയാകും അതെന്താ ശബ്ദങ്ങൾ മാറ്റി പറയാമെന്നുള്ളതേ ഉള്ളൂ കേവലമായ ബോധം അഖണ്ഡമായ ബോധം ഇങ്ങനെയുള്ള ശുദ്ധമായ ബോധം നിത്യമായിരിക്കുന്ന ബോധം എന്നെല്ലാം പറയും പക്ഷേ അത് ക്രിയാശൂന്യമായി ക്രിയാരഹിതമായി ഗുരുവനും പ്രകാശിക്കുന്നില്ല അതിനുവേണ്ടിയിട്ടാണിത് പറയുന്നത് നീ സത്യതാ അനന്താ ചാന കർത്തൃത്വ സത്യേ നമ്മുടെ ഈ ജ്ഞാനമുണ്ടല്ലോ ഈ ജ്ഞാനം നമുക്ക് തന്നെ ബോധ്യമുണ്ട് ഇത് സത്യമല്ല അനന്തമല്ല നുഭവമാണ് കാരണം എത്രയോ ഞാനും എനിക്കുണ്ടായി നശിച്ചുപോയി പറയുന്നില്ല ഞാൻ വിസ്മരിച്ചു ഞാനും വിസ്മരിക്കുന്നില്ല ഞാനത്തെ അറിവിനല്ലേ മറക്കുന്നുണ്ട് ഇന്നിതിനെ അറിഞ്ഞു നാളെ ഇത് മറക്കുന്നു ഞാനതിൻ്റെ നാശ സംഭവിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് കാരണം ഞാൻ അറിവിനെ ഉണ്ടാക്കി ആദ്യം ഞാൻ ജ്ഞാനത്തിൽ കർത്തൃത്വത്തെ കൊണ്ടുപോകും സമ്പാദിച്ചു ജ്ഞാനത്തിൽ കർത്തൃത്വം വന്നു കഴിഞ്ഞാൽ അതിന് വികാരം സംഭവിച്ചു അവ ജ്ഞാനം വിസ്മരിക്കും ജ്ഞാനത്തിൽ മനസ്സിൻ്റെ ഈ പരിണാമത്തിന്റെ തലത്തെയാണ് നമ്മൾ ഗ്രഹിക്കുന്നത് ജ്ഞാനത്തിന്റെ ശുദ്ധമായ തലത്തെ അല്ല ആ പരിണാമത്തിന്റെ തലത്തിലാണ് കർത്തൃത്വം വരുന്നത് അതുകൊണ്ടാണ് ജ്ഞാനം നമ്മളെ സംബന്ധിച്ചുണ്ടാവുകയും നിലനിൽക്കുകയും നശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ ആ ജ്ഞാനത്തിൽ ഇതുണ്ടാകുകയും നിലനിൽക്കുകയും നശിക്കുകയും ചെയ്യുമ്പോഴും എന്തിനാണ് ഇത് സംഭവിക്കുന്നത് ജ്ഞാനത്തിലാണ് ഈ ഉത്പത്തി സ്ഥിതി നാശങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നു അതായത് ജ്ഞാനത്തിന്റെ ഉത്പത്തിസ്ഥി നാശങ്ങൾ ജ്ഞാനത്തിൽ തന്നെ അനുഭവപ്പെടുന്നു അവിടെയാണ് സ്പഷ്ടമാകേണ്ടത് ജ്ഞാനം ഉണ്ടായി നിലനിന്നും നശിക്കുന്നതെന്ന് നമുക്ക് അനുഭവം പറയുന്നു ഞാനും ഇനി ഉണ്ടാകണം എനിക്കിനി ബ്രഹ്മജ്ഞാനം ഉണ്ടാകണം എന്നാഗ്രഹിക്കുകയാണ് ഞാനൊക്കെ അടുത്തടുത്തും ആഗ്രഹിക്കുകയാണ് ഇന്നാർക്കിന്നാർക്കൊക്കെ ബ്രഹ്മജ്ഞാനമുണ്ട് എനിക്ക് മാത്രമില്ല ൂടി ഉണ്ടാവണം അവിടെ എന്താഗ്രഹിക്കുന്ന ഞാൻ കടത്തൃത്തവും ഇതൊരു ഇല്ലാത്ത ഒരു കടത്തൃത്വം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും ചിലര് പറയുന്ന അങ്ങനെയല്ല ഇത് രാവിലെ എട്ട് മണിവരെ ഞാൻ ബ്രഹ്മജ്ഞാനിയായിരുന്നു ഇപ്പൊ വീണ്ടും അജ്ഞാനിയായി അവിടെ ജ്ഞാനത്തിൻ്റെ പരിണാമം നാശം അതനുഭവിക്കുകയാണ് അവിടെയെല്ലാം എന്താണ് ജ്ഞാന കർത്തൃത്വത്തെ ആരോപിക്കുകയാണ് ജ്ഞാനത്തിൽ പരിണാമങ്ങൾ ആരോപിക്കുകയാണ് ഇത് ഇതെല്ലാം ആരോപമാണ് ബ്രഹ്മജ്ഞാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജ്ഞാനത്തിലുള്ള ആരോപമാണ് ഇതന്നെ എവിടെയാ സംഭവിക്കുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് ജ്ഞാനത്തിന് ജ്ഞാനത്തിൽ സംഭവിക്കും അതിന് ആധാരമായ ജ്ഞാനത്തിൽ സംഭവിക്കുന്നു ഉഷ്ണവും പ്രകാശം സംഭവിക്കുന്ന എവിടെ അതിനാധാരമായിരിക്കുന്ന ഒന്നിലാണ് അത് സംഭവിക്കുന്നത് അതിനാണ് നമ്മൾ അഗ്നി എന്ന് പറയുന്നത് അതിനത് രണ്ടും സംഭവിക്കുന്നു പ്രകാശം സംഭവിക്കുന്നു ഉഷ്ണവും സംഭവിക്കുന്നു അതുപോലെ ജ്ഞാനപ്രകാശത്തിലാണ് ഈ കർത്തൃത്വം സംഭവിക്കുന്നത് ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നു ഇല്ലാതെ പോകുന്നു സാക്ഷാത്കാരം ഉണ്ടാകുന്നു അനുഭൂതികൾ ഉണ്ടാകുന്നു ഇതൊക്കെ എവിടെയാ സംഭവിക്കുന്നത് അത് സത്യവും അനന്തവുമാണ് എന്നാ പറയുന്നു അപ്പൊ ബാക്കി ഉണ്ടായി മറഞ്ഞു പോകുന്നതൊക്കെയോ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അനുഭൂതികൾ സമാധി ഒത്തിരി സാധനങ്ങളുണ്ട് ഇതെല്ലാമോ പറയുന്നു ഇത് സത്യവും അനന്തവും അല്ല കാരണം ഇവിടെ ജ്ഞാനത്ത് പറഞ്ഞിരിക്കുന്നത് സത്യത്തോടും അനന്തത്തോടും ചേർത്താണ് അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നതോ നമ്മൾ സങ്കല്പിക്കുന്നതൊന്നുമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതും സങ്കല്പിക്കുന്നതല്ല എന്താണ് ജ്ഞാനത്തിന്റെ വികാരങ്ങളാണ് ഇനി ആരെങ്കിലും പറഞ്ഞെന്നിരിക്കട്ടെ എനിക്കൊരു ബ്രഹ്മജ്ഞാനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വികാരം മാത്രം ജ്ഞാനത്തിൽ ആരോപിതമായ വികാരം എന്തുകൊണ്ട് ജ്ഞാനം നിശ്ചലമാണ് അതിനി രണ്ടാമതൊരു ജ്ഞാനം വരാൻ വഴിയില്ല അതിൻ്റെ ആവശ്യമില്ല അത് നമ്മുടെ ഈ ആകാശത്തിൽ രണ്ടാമതൊരു ആകാശത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴേ ആകാശത്തിന്റെ ആകാശം അത് സാധ്യമല്ല ഇതൊന്നും മതി സർവവസ്തുക്കൾക്കും ഇടം കൊടുക്കുന്നതിന് ഇത് മതി ഇനി വേറൊരാകാശത്തിൻ്റെ ആവശ്യമുണ്ട് ഇത് ഇനി ബ്രഹ്മം പിന്നെ ബ്രഹ്മത്തിന്റെ ഒരു ജ്ഞാനം അതെങ്ങനെ നടക്കും രണ്ടാകാശം എങ്ങനെ നടക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീജിയുടെ സത്യവും അനന്തവും കൂടെ ചേർത്തത് എന്തുകൊണ്ടാണ് ആകാശത്തിൽ മറ്റൊരാകാശം വരാത്തത് കാരണം ഇത് ആപേക്ഷികമായി ഇത് അനന്തമാണ് പൂർണ്ണമായിട്ടല്ല ആപേക്ഷികമായ അനന്തത വന്നെടുത്ത് തന്നെ ഇന്ന് മറ്റൊരാകാശത്തിന് കടന്നു വരാൻ വഴിയില്ല അപ്പോൾ ഈ ബ്രഹ്മത്തെ ജ്ഞാനമെന്ന് വിശേഷിപ്പിക്കുകയാണ് അത് സ്വയം ജ്ഞാനം തന്നെയാണ് അതിലിഞ്ഞ് ബ്രഹ്മത്തെക്കുറിച്ച് രണ്ടാമതൊരു ജ്ഞാനം ഒരു ജ്ഞാനത്തെ അതിൽ ഏച്ചു കെട്ടാൻ പറ്റത്തില്ല പിന്നെ അങ്ങനെ ഒരു അവകാശം വന്നുകൊണ്ട് ഞാൻ ബ്രഹ്മജ്ഞാനിയാണ് ഇന്നൊരു അവകാശവാദം കേവലമായ അവകാശവാദമാണ് ബ്രഹ്മൻ സ്വയം തന്നെ ജ്ഞാനമായിരിക്കെ പിന്നെ അവിടെ ബ്രഹ്മത്തിന് ഇനി ഒരു ജ്ഞാനത്തിന് രണ്ടാമതൊരു ജ്ഞാനം ഇതിന് യാതൊരു പ്രസക്തി ഇല്ല അങ്ങനെയൊന്നും വരത്തുമില്ല അത് വരാത്തതിലാണ് നമ്മുടെ സങ്കടം ഒരു ഇത്രയും കാലമായിട്ടും വന്നത് ഇതിൻ്റെയൊക്കെ പ്രയോജനം എന്താ എന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് മണിക്കൂർ മെനക്കെടുത്തു അതെങ്ങനെ ഉണ്ടാകും ആകാശത്തിനെങ്ങനെ ആകാശത്തെ കൂട്ടിച്ചേർത്തു അത്രയും വിവരം ഉണ്ടാകണം അത് വേണം വിവരം വേണ്ടെന്നല്ല പറയുന്നത് വിവരം വേണം അതാണ് ഭാഷകാലം പറയുന്നത് സത്യാനന്ദാഭ്യാസ ഏതെങ്കിലും സ്വാമിക്ക് ബ്രഹ്മജ്ഞാനത്തിന്റെ പേരിൽ എന്തെങ്കിലും ക്രെഡിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ നമ്മളത് നിഷേധിക്കണ്ട പക്ഷെ ഇവിടെ ശ്രുതി അതങ്ങ എന്ന് പറയുന്നത് സത്യവും അനന്തത്തോടും ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് അതിൽ ജ്ഞാനകർത്തൃതത്വേ സതി നിങ്ങൾ പറയുന്ന ഈ ജ്ഞാനകർത്തൃത്വം ജ്ഞാനത്തിൽ വരികയാണെങ്കിൽ അതിനെ സത്യമൊന്നും അനന്തമൊന്നും വിളിക്കാൻ പറ്റത്തില്ല അത് സാധ്യമല്ല ജ്ഞാനകർത്തൃത്വം ജ്ഞാനത്തിൽ സംഭവിക്കത്തില്ല ബ്രഹ്മത്തിൽ ഇനിയൊരു ബ്രഹ്മജ്ഞാനം ഉണ്ടാവത്തില്ല അത് പ്രതീക്ഷിച്ചാലും ജീവിക്കണ്ട നടക്കുന്ന കാര്യമില്ല എന്ന് ശ്രുതി പറയുന്നു ഞാന കർത്തൃത്വം അതി സംഭവിക്കത്തില്ല ഇതിന്റെയെല്ലാം പ്രയോജനം എന്താ ഇത്തരം അബദ്ധ ധാരണകൾ മാറ്റുക അത്രേയുള്ളൂ ഒരുപാട് അബദ്ധങ്ങളുണ്ടല്ലോ ഭാഷക്കാരന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനൃത നിരാകരണമേവാ ഈ അനുദത്തെ നിരാകരിക്കുക എന്താണോ അതിൽ ആരോപിച്ചിരിക്കുന്നത് എന്താണ് ഞാനൊക്കെ തൃത്വം പറ്റും അത് നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചർച്ചകളല്ല അതാണ് അതിന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ്രഹ്മത്തിന്റെ തലയിലിരിക്കുന്ന ഒരു തൊപ്പിയല്ല അലങ്കാരമായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിട്ട് അങ്ങനെ അതാണ് ഭാഷകാരനും ഇവിടെ നിഷേധിക്കുന്നത് ഇതിൽ ഞാനൊക്കെ കർത്തൃത്വമില്ല ഇത് എത്ര പറഞ്ഞാലും തല കേറത്തില്ല കാരണം തലയിൽ ഇതിനുള്ള ഇടമില്ല വേറെ പലതും കേറിയിരിക്കുക ഇടം വേണ്ടേ അതുകൊണ്ട് പറഞ്ഞു നഹി സത്യതാനന്ദതാചാന കടുത്തിരുത്തിയ സത്യപത്തിയേ ഈ മിഥ്യാധാരണകളെ നീക്കുന്നതിനാണ് അത് ഉപകരിക്കുന്നത് അല്ലാതെ വിശേഷിച്ചൊരു ബ്രഹ്മജ്ഞാനം ഒന്നും ഇങ്ങോട്ട് കടന്നു വരത്തില്ല ഒരു സുപ്രഭാത ചിലർക്ക് തലയ്ക്കകത്ത് വെളിച്ചം ഓടിക്കാറുണ്ടല്ലോ അങ്ങനെയുള്ളതൊന്നും ബ്രഹ്മജ്ഞാനത്തിൽ സംഭവിക്കത്തില്ല വെളിച്ചം അടിക്കും ബൾബ് ഇടുന്നത് വെളിച്ചം പോവുകയും ചെയ്യും ബൾബ് ഹ്യൂസാവുന്നത് അതിന് ബ്രഹ്മജ്ഞാനമായിട്ട് ഒരു ബന്ധമുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കുന്ന കണ്ട വ്യക്തമായും പറയുന്നു ജ്ഞാനകർത്തൃത്വന ഈ വിക്രിയമാണ് കഥം സത്യം പോകേത് അനന്ത നിങ്ങൾ ഒന്നിനു സത്യമെന്ന് പറയുന്നു അനന്തമൊന്നും പറയുന്നു പിന്നെ ജ്ഞാനകർത്തൃത്വം പറയുന്നു അങ്ങനെ ഒരു ാപ്യമായ ജ്ഞാനം ഉണ്ടായ ജ്ഞാനം അതിന് ഇനി എന്ത് പേര് വിളിച്ചാലും പറയും അനുഭവമെന്നോ മറ്റെന്ത് പേര് പറഞ്ഞാലും ശരി അസത്യമൊന്നും അനന്തമൊന്നും പറയാൻ കഴിയത്തില്ല ഇനി ഒരാൾ പറയുകയാണ് അങ്ങനെ അല്ല ശാസ്ത്രം പറയുന്നതൊക്കെ ശരി എന്റെ അനുഭവമാണ് ബ്രഹ്മജ്ഞാനം അതെന്റെ അനുഭവമാണ് എങ്ങനെയാണ് അതിനെ നോക്കു യുക്തി കൊണ്ടല്ലെങ്കിൽ ശാസ്ത്രത്തിന് ചോദ്യം ചെയ്യാൻ പറ്റും അങ്ങനെ ഒരാൾ പറഞ്ഞാൽ പറയുന്നത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നില്ലെന്നല്ല പറയുന്നു ഇവിടെ അത് മനസ്സിലാകും ബ്രഹ്മജ്ഞാനം അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകത്തില്ലെന്നല്ലോ പറയുന്നു അതെല്ലാത്തിന് വേണ്ടിയിട്ടാണല്ലോ പക്ഷെ അങ്ങനെ ഒരു ജ്ഞാനുണ്ടായാൽ അതാരോപിതമായിരിക്കും പരമാർത്ഥമായിരിക്കത്തില്ല എന്നിവിടെ പറയുന്നു എന്തുകൊണ്ട് ജ്ഞാനത്തിൽ കർത്തൃത്വവും മറ്റും ആരോപിതമാണ് പരമാർത്ഥമല്ല അപ്പോൾ ഈ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു അസ്വസ്ഥതയുണ്ടോ അത് മാറണമെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാകാത്താണെന്ന് സമാധാനിക്കുന്നു അപ്പൊ അസ്വസ്ഥത മാറും കഥുംഭവേ അതെങ്ങനെ സംഭവിക്കുമെന്നാണ് ഭാഷകാരൻ ചോദിക്കുന്നത് ജ്ഞാനത്തിൽ നിങ്ങൾ കർത്തൃത്വത്തെ ആരോപിക്കും എന്നിട്ട് അത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സത്യവാനന്ദത്തില്ല പിന്നെ മറിച്ച് ഇത്തരം ജ്ഞാന കർത്തൃത്വം തുടങ്ങിയ ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള ഭാവനകൾ അത് നിരാകരിക്കാൻ പറ്റും അത് സാധ്യമാവും ഇത് സർപ്പമല്ല എന്ന് ബോധ്യപ്പെടാൻ പറ്റും കയറി തന്നെ എന്ന് ബോധ്യപ്പെടാം ആ നിരാകരണം ആ നിരാകരണത്തിൽ വേറെ കൽപ്പനകളൊന്നുമില്ല സർവ്വകൽപ്പനകളുടെയും നിരാകരണം അതിൽ ഞാൻ കർത്തൃത്വത്തെയും നിരാകരിക്കുന്നു അപ്പൊ അതിൽ ഭേദം ഒരു തരത്തിലും വരാൻ പാടില്ല മറ്റെല്ലാ ജ്ഞാനങ്ങളിലും ഭേദമുണ്ട് ഞാൻ എന്റെ അറിവ് ആ ഭേദം വരും ബ്രഹ്മജ്ഞാനത്തിൽ അത് വരത്തില്ല ഞാൻ അങ്ങനെ ഭേദം വരുന്നതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് അനന്തമാകത്തില്ല യദ്ധി നുതശ്ചിത് പ്രവിഭജ്യതേ തത് അനന്തം ഒരു തരത്തിലും ഭേദം വരാത്തത് ഒന്നിൽ നിന്നും ഭേദപ്പെടുത്താത്തത് അതിനാണ് അനന്തം എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന എന്താണ് ഗുരുവിനും ഞാനും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ബ്രഹ്മജ്ഞാനം ഇല്ല ഗുരുവിനും ബ്രഹ്മജ്ഞാനമുണ്ട് ഗുരുവിന്റെ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചുള്ള എന്റെ സങ്കല്പമാണ് ഇത് ഗുരു നിരപരാധിയാണ് ഗുരുവിന്റെ ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളുണ്ട് അത് വെച്ച് കൊണ്ട് പറയുന്നു അതുകൊണ്ട് ഗുരുവേറെ ഞാൻ വേറെ ബ്രഹ്മജ്ഞാനമുള്ള ഗുരു ബ്രഹ്മജ്ഞാനം ഇല്ലാത്ത ഞാൻ ഇവിടെ പറയുന്നത് കുതശ്ചിത് ന പ്രവിപത്യത ഏതെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും വ്യക്തിയിലൂടെ അനന്തമായ ഒന്നിനും നിങ്ങൾക്ക് വേർതിരിക്കാൻ കഴിയില്ല സർവാത്മാവായി സർവസ്വരൂപമായിരിക്കുന്നതിനാണ് അനന്തം എന്ന് പറയുന്നത് അവിടെ എങ്ങനെ ഭേദം കത്തിക്കാൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് ഗുരു സാക്ഷാത് പരബ്രഹ്മ പരബ്രഹ്മമായി കാണുമെന്ന് പറയുന്നത് അത് നമ്മൾക്ക് നമ്മുടെ കൽപ്പനയിലുള്ള ബ്രഹ്മജ്ഞാനം കൊണ്ടൊന്നുമല്ല എന്തുകൊണ്ട് അതാണ് അതിന്റെ സ്വരൂപം അനന്തത അതിന്റെ സ്വരൂപമാണ് എവിടെയാണോ ഒരു തരത്തിലുമുള്ള ഭേദത്തെ കൽപ്പിക്കാൻ കഴിയാത്തത് എന്തിന്റെ എങ്കിലും ഭേദം അതാണ് അനന്തം അതുകൊണ്ട് ബ്രഹ്മവും ബ്രഹ്മത്തിന്റെ ജ്ഞാനവും അങ്ങനെ രണ്ട് ജ്ഞാനം ഒരിക്കലും വിലക്കല്ല കുതശ്ചിത് ന പ്രപജ്യത ഒന്നിൽ നിന്നും അനുഭവിക്കാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറയുന്നത് അത് ഏകമാണ് അനന്തമാണ് വിശേഷണങ്ങളെല്ലാം അതിൽ വരുന്ന കർത്തൃത്വം തുടങ്ങിയ ഭേദങ്ങളെ നിരാകരിക്കുന്നതിനാണ് അതിൽ ഏറ്റവും പ്രയാസപ്പെട്ട ഒന്നാണ് ഈ ജ്ഞാന കർത്തൃത്വത്തെ നിരാകരിക്കുക അതിനുവേണ്ടിയിട്ടാണ് ജ്ഞാനകർത്തൃത്വേച്ച ജ്ഞാനാഭ്യാം പരവിഭക്തമിത്തി ആനന്ദതാണ് സിയാ പറയുകയാണ് ഗുരു ഗുരുവിന്റെ ബ്രഹ്മജ്ഞാനം ഗുരുവിൽ ബ്രഹ്മജ്ഞാനം ഉണ്ടായി ജ്ഞാനകർത്തൃത്വം കൽപ്പിക്കുകയാണെങ്കിൽ അവിടെ എന്ത് വരുന്നു ഗുരു ഗുരുവിന്റെ ജ്ഞാനം ഗുരുവിന്റെ ജ്ഞാനം കൊണ്ട് ഗുരു ഗ്രഹിക്കുന്നത് ജേയം അപ്രവിഭക്തം ഭേദമോടെ വരും അദ്വൈതമാണ് അദ്വൈതത്തിൽ അങ്ങനെ ഒരു ഭേദം അംഗീകരിക്കാൻ വൃത്തി അനന്തത നസ്യ ബ്രഹ്മ അതും പരിച്ഛിന്നമാവും അനന്തതയ്ക്ക് നേരെ വിപരീതമാണ് പരിച് പരിച്ഛേദം വരും ഇതപരിഛിന്നമാണ് അനന്തത അത് പൂർണമാണ് പൂർണ്ണതയാണ് പൂർണതയിൽ കൽപ്പിക്കുന്ന അപൂർണതകളാണ് ബാക്കിയെല്ലാം സർവത് തത്വമാണ് ബ്രഹ്മ തത്വം തന്നെ ഗുരുതത്വം തന്നെ എന്ന് പറയുന്ന അതാണ് എന്ന് പറയുന്ന ഗുരു അജ്ഞനെന്നല്ല ഞാൻ എന്നാൽ ആരോപിതമായൊന്നും അവിടെ ഇല്ല അത് പൂർണ്ണമാണ് അനന്തമാണ് അവിടെ ഞാന കർത്തൃത്വമില്ല മറിച്ച് അതിനെല്ലാം നിരാകരിച്ചിരിക്കുന്നു അതിനെല്ലാം നിരാകരിച്ചാൽ ശേഷിക്കുന്ന സ്വരൂപമാണ് അതിനെക്കുറിച്ച് അടുത്ത് ചർച്ച ചെയ്യും വ്യാവൃത്തി അതെങ്ങനെ സംഭവിക്കുന്നു വ്യാവൃത്തിയുടെ ഫലമായി എങ്ങനെ സംഭവിക്കുന്നു അത് ഇനി ചർച്ചയ്ക്ക് വരുന്ന കാര്യമാണ് ഇവിടെ നിഷേധിക്കുന്നത് സത്യമൊന്നും ജ്ഞാനമെന്നും പറയുമ്പോ അതിൽ വരുന്ന ഭ്രമങ്ങൾ ആ ഭ്രമം എത്തി നിൽക്കുന്നതവിടെ ജ്ഞാന കർത്തൃത്വത്തിൽ ഉണ്ടാക്കി ജ്ഞാനം ആ ജ്ഞാനം ബ്രഹ്മം വരെ എത്തിച്ചേർന്നു ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാക്കിയില്ല ബ്രഹ്മജ്ഞാനം തന്നെ പിന്നെ ഇങ്ങനെയാതിന് ബ്രഹ്മത്തെക്കുറിച്ച് ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു അതിന്റെ ആവശ്യം എന്തോ ഇനി അത് അസാധ്യമായ കാര്യമാണ് ബ്രഹ്മത്തെ സംബന്ധിച്ചൊരു ജ്ഞാനം സൃഷ്ടിക്കാൻ സാധ്യമല്ല ഇപ്പൊ ഞാനൊക്കെ ചോദിച്ചാൽ ജ്ഞാനാഭ്യാം പ്രവിഭക്തം അവിടെ ജേയം ജ്ഞാനം ഈ തരത്തിലുള്ള ഭേദങ്ങൾ അനന്തത നശ്യാതെ അനന്തത ശ്രദ്ധിക്കാത്ത എത്രദ്വിജാനാധിശ ഭൂമ ഭൂമിയെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്തല്ലും മറ്റും അവിടെ പറയുന്നു എത്രന്ന അന്യദ്വിജാനാദിശ ഭൂമ മറ്റൊന്നും അറിയാതിരിക്കുന്നതാണ് അതാണോ ഭൂമ എന്ന് പറയുന്നത് മറ്റൊന്നും അറിയാതെ ഇരിക്കുക ഉറങ്ങിയിരിക്കുന്നതാണ് അല്ലെങ്കിൽ സമാധിയിലിരിക്കുന്നതാണ് അതാണ് മറ്റൊന്നും അറിയാതെ ഇരിക്കുക എന്ന് അതല്ല അതാ എത്ര അന്യ വിജാനാതിത്യൽപ്പം ഇനി അന്യമായി അറിഞ്ഞാൽ അത് അല്പമാണ് അവിടെ അതിനെ തന്നെ വിശദീകരിക്കുന്നു എന്തിനെങ്കിലും അന്യമായി അറിയുന്നു എന്ന് കഴിഞ്ഞാൽ അത് അല്പം അത് നമുക്ക് അനുഭവമുണ്ട് നമ്മുടെ അല്പത്തിലാണ് വിശ്വസിക്കാതെ നമ്മൾ പലതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു സ്വ സ്വരൂപ വിസ്മൃതിയിൽ പലതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ പറയുന്നു അങ്ങനെ അറിയാതിരിക്കുന്നതാണ് ഭൂമ എന്ന് പറയുന്നത് ഒന്നിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നിനെ അറിയാതിരിക്കുക അങ്ങനെയെങ്കിൽ ആത്മാവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞൂടെ നമ്മൾ സാധാരണ പറയാറുള്ളതുമല്ലേ സ്വാമിക്ക് പ്രപഞ്ചബോധമൊന്നുമില്ല ആത്മബോധം മാത്രമേ ഉള്ളൂ ഭിന്ന ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ അതിൽ കവിഞ്ഞ് വേറെ ബോധങ്ങളൊന്നുമില്ല പൂർണ്ണമായും ആത്മബോധത്തിലാണ് അങ്ങനെ പറയാറുണ്ടല്ലോ ചോദിക്കുന്നുമുണ്ട് പൂർവോക്ഷണോ എന്നാൽ അന്യ വിജാനാതീതി വിശേഷ പ്രതിഷേധ ആത്മാനം വിചാനാതീതി ചെയ്ത് അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നിനെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണോ സുസ്വരൂപത്തെ ആത്മാവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണോ അങ്ങനെ മനസ്സിലാക്കട്ടോ എന്നാണ് അവൻ ഒന്നും അറിയാതിരിക്കാന്ന് പറഞ്ഞ പിന്നെ എന്താ ഉറങ്ങുകയല്ല ഉറങ്ങുന്നവൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല പറഞ്ഞാലത് കേൾക്കത്തില്ല അപ്പൊ അത് എന്തായാലും ഉണർന്നിരിക്കുന്നവനാണോ ഉപദേശം ഉണർന്നിരിക്കുന്നവൻ വേറൊന്നിനെ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കാൻ അവൻ അവനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു തന്നെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ അതിനാണ് നമ്മൾ പറയുന്ന ആത്മാനുഭവം ആത്മാനുസന്ധാനം ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുമുണ്ട് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പറയുന്ന അതുമല്ല അതൊക്കെ നമുക്ക് പറയാം ആലങ്കാരികമായിട്ട് ഇങ്ങനെ ആത്മാവിനെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ആലങ്കാരികമായ ഭാഷാപ്രയോഗങ്ങൾ എന്നെ അതൊന്നും കഴമ്പില്ല അർത്ഥമില്ല ഭാഷകാരെ നിഷേധിക്കുന്നു ജ്ഞാനം ജ്ഞാനം എന്ന് പറയുമ്പോ അങ്ങനെ ധരിക്കരുത് ഭൂമലക്ഷണവിധി പരത്തുക അവിടെ എന്താണ് ആ ഭൂമാവ് ഭൂമെന്നുവെച്ചാ ബ്രഹ്മ രണ്ടിനും ഒരേ അർത്ഥം തന്നെ ആ ബ്രഹ്മലക്ഷണത്തെ കുറിച്ച് പറയുകയാണ് അവിടെ ുമ്പ് പറഞ്ഞല്ലോ ലക്ഷണം എന്ന് പറയുമ്പോ സജാതിയും വിജാതിയവുമായിട്ടുള്ള സർവത്തിൽ നിന്നും അതിനെ വേർതിരിച്ച് കാണിക്കുന്നു സജാതീയമായ പ്രതിവാദികളിൽ നിന്നും വിജാതീയമായ ആത്മാവ് തുടങ്ങിയിൽ നിന്നും വേർതിരിച്ച് ആകാശത്തെ കാണിക്കുന്നതിന് അതിൻ്റെ ലക്ഷണം പറഞ്ഞു അവകാശദാതൃത്വം എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ് ഭൂമി ലക്ഷണം ബോധിപ്പിക്കുകയാണ് വിധി എന്ന് വെച്ചാൽ ബോധിപ്പിക്കുന്നു അതാണ് അവിടെ പറയുന്നത് നാനൃത് വിജാനാതി എത്ര നാണ്യത് പശ്യതി ഇത്യാദി ഭൂമിനോ ലക്ഷണവിധിപരം വാക്യം അങ്ങനെ തന്നെ നമ്മൾ ധരിച്ചു പോകത്തുള്ളൂ ഒന്നിനി അറിയാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ധരിക്കും മറ്റൊന്നിനാൽ തന്നെ അറിയുന്നുണ്ട് കാരണം ഇത് കാര്യങ്ങളെ ബോധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ഭാഷ ഭാഷയിൽ നിന്നും പൊതുവായി നമ്മളിതൊക്കെ ഗ്രഹിക്കാൻ പറ്റും എന്തായാലും ഭാഷയിലൂടെയാണ് ഇതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പം ഭാഷയുടെ അർത്ഥത്തെല്ലാ വേറെ പിന്നെ എന്താ ഗ്രഹിക്കേണ്ടത് നിങ്ങളെ പറയുന്ന അങ്ങനെ അക്ഷമനായി പുറവക്ഷോദിക്കേണ്ടത് എന്തായി പറഞ്ഞു വരുന്നു ഭാഷ ഉപയോഗിച്ച് ആശയവിനിമയം ആശയവിനിമയം നടത്തുമ്പോൾ ആ ഭാഷയുടെ സാമാന്യമായ അർത്ഥ തലത്തിലല്ലേ ആഗ്രഹിക്കാൻ പറ്റും ഭാഷയ്ക്കെപ്പറങ്ങനെ ആഗ്രഹിക്കുന്നത് എത്രനാണ് വിചാരി അറിയാതിരിക്കുന്നു മനസ്സിലറിയി ഉറങ്ങുന്നുമില്ല അത് പിന്നെന്താണ് സ്വയം തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനല്ലേ മനസ്സിലാക്കാൻ പറ്റും പറയുന്നത് ശരി തന്നെയാണ് യഥാപ്രസിദ്ധമേവ എങ്ങനെയാണോ ലോകത്തിൽ പ്രസിദ്ധമായിരിക്കുന്നത് അതിനെ ആശ്രയിച്ച് തന്നെയാണ് ലോകത്തിലെങ്ങനെയാണോ നമ്മൾ ഭാഷയിലൂടെ ആശയത്തെ ഗ്രഹിക്കുന്നത് ആ നിയമങ്ങളെ ആശ്രയിച്ച് തന്നെയാണ് ഇവിടെയും ആശയത്തെ ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബ്രഹ്മതത്വത്തെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതിന് പുതിയ ഭാഷയെന്നു നമ്മൾക്ക് മനസ്സിലാകുന്നുള്ള ഭാഷല്ലേ അതാണ് പ്രസിദ്ധമെന്ന് പറയുന്നത് ആശയവിനിമയത്തിന് സാധാരണ ഉപയോഗിക്കുന്ന അതേ ഭാഷയിലൂടെ ഉപയോഗിക്കുന്നു പക്ഷെ ആ ഭാഷയിലൂടെ ഇവിടെ എന്താണ് ഒരു തത്വത്തെ ബോധിപ്പിക്കാൻ ശ്രമിക്കുക അസത്യത്തെ അല്ല ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു പ്രസിദ്ധമേവ അന്യോ അന്യ പശിരി ഇറ്റിയത് ഉപാധായ ഇത് പറഞ്ഞാൽ മനസ്സിലാകും ഒരുത്തൻ മറ്റൊന്നിനെ ഗ്രഹിക്കുന്നു ഒരുത്തൻ നാനാവിഷയങ്ങൾ ഗ്രഹിക്കുന്നു ഇത് മനസ്സിലാകുമല്ലോ അന്യ അന്യത് പശ്യതി ഇതാതായ ആദ്യം അതിനെ വ്യക്തമാക്കുന്നു നമ്മൾ എങ്ങനെ അറിയുന്നു ലോകത്തെ എങ്ങനെ അറിയുന്നു തന്നെ എങ്ങനെ അറിയുന്നു വിഷയങ്ങളെങ്ങനെ അറിയുന്നു മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു അറിവ് എങ്ങനെ ഉണ്ടാകും ഇതിനെല്ലാം അംഗീകരിക്കുന്നു ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ഈ അറിവിൻ്റെ ഒരു പ്രവാഹം തന്നെ സംഭവിച്ചു ഇതൊന്നും ബ്രഹ്മത്തിൽ ആരോപിക്കരുത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിഷയജ്ഞാനം ഇങ്ങനെ പ്രവഹിച്ചോട്ടെ നാനാ ജ്ഞാനം ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെ എല്ലാം ധരിച്ചോട്ടെ പക്ഷെ ഇതൊന്നും കൊണ്ട് ബ്രഹ്മത്തിൽ കൊണ്ട് കൂട്ടിച്ചേർക്കരുത് ഇതുപോലെ ബ്രഹ്മത്തിൽ ഗ്രഹിച്ചുകളയും എന്ന് ധരിക്കരു എത്ര തന്നാസ്തി പ്രവർത്തനം എവിടെയാണോ നടക്കാതിരിക്കുന്നത് സഭൂമ അതാണ് ഭൂമ ഇത് ഭൂമസ്വരൂപം തത്രാപ്യത അങ്ങനെ ഭൂമസ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ് ഭാഷയൊന്നും മാറ്റിയിട്ടില്ല സംസ്കൃത ഭാഷ പ്രത്യേകിച്ച് ഭാഷയൊന്നുമില്ല പക്ഷേ ഈ ഭാഷയിലൂടെ ബോധിപ്പിക്കാൻ എന്താണോ നമ്മുടെ ഈ അനുഭവം സർവ വിഷയങ്ങളെ അനുഭവം ഇതുപോലെ ഒരു പ്രതീക്ഷിക്കണ്ടാസ്തി അന്യോ അന്യ പശ്യതി ഒന്ന് ഒരുവൻ മറ്റൊന്നിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ അറിവ് സർവജീവന്മാരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ നാനാത്വ ബോധം പോലെ ഒരു ബോധം ബ്രഹ്മത്തെ സംബന്ധിച്ച് ഉണ്ടാകത്തില്ല ാസ്തി ആ ജ്ഞാനത്തിന്റെ പ്രവൃത്തി ജ്ഞാനത്തിന്റെ കാരകത്വം അതായത് ജ്ഞാനത്തിൽ ആരോപിച്ചിരിക്കുന്ന ഇതൊന്നും ബ്രഹ്മത്തിൽ സംഭവിക്കുന്നുണ്ടോ ഇതി ഭൂമസ്വരൂപം തത്രാപ്യത അന്യഗ്രഹണസ്യ പ്രാപ്ത പ്രതിഷേധാർത്ഥത്വ എത്ര അന്യദ്വിധാനാദി കാരണം നാനാ തരത്തിലുള്ള ജ്ഞാനങ്ങൾ ഇവിടെ നമുക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു സർവ്വ വിഷയങ്ങളെക്കുറിച്ചുള്ള ഞാൻ ആ ജ്ഞാനങ്ങളെ നിഷേധിക്കാൻ അന്യ അങ്ങനെ പ്രാപ്തമായി വരുന്ന ജ്ഞാനങ്ങളെല്ലാം അവിടെ നിഷേധിക്കുന്നു അങ്ങനെ ഒരു ജ്ഞാനം ബ്രഹ്മത്തിൽ പ്രാപ്തമാകത്തില്ല പുസ്തകത്തെ അറിയുന്നതുപോലെ മേശയെ അറിയുന്നതുപോലെ ശരീരത്തെ അറിയുന്നതുപോലെ ഈ മനസ്സിനെ അറിയുന്നത് പോലെ ബ്രഹ്മത്തെ അറിയുക അത് സംഭവിക്കത്തില്ല പ്രതിഷേധാർത്ഥത്വ പ്രാപ്തമായതിനെ പ്രതിഷേധിക്കുന്നു ജ്ഞാനത്തിന്റെ പ്രാപ്തി ബ്രഹ്മത്തിലും ഒരു ജ്ഞാനം ഉണ്ടാകുമോ അതിനെ നിഷേധിക്കുന്നു അസ്വയം ജ്ഞാനം തന്നെ അസ്വയം വെളിച്ചം തന്നെ ഇനി അതിന് വെളിച്ചത്തിന്റെ ആവശ്യമില്ല അതാണ് പറയുന്നതിന്റെ താല്പര്യം വീണ്ടും വന്നതിനാൽ അതിന് വെളിച്ചത്തിനെ പ്രതീക്ഷിക്കണം കാണാൻ വീണ്ടും വന്നതിനാൽ നിങ്ങൾ വെളിച്ചത്തെ ആഗ്രഹിക്കുന്നു അതിന്റെ ആവശ്യമില്ലല്ലോ അതാണ് പറയുന്നതിന്റെ താല്പര്യം ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഒരു അറിവ് ഇനി മറ്റേ എല്ലാ അറിവും ഇനി ബ്രഹ്മത്തെക്കുറിച്ചൊരറിവൂടെ വേണം അത് പ്രതീക്ഷിക്കേണ്ട അതിന്റെ ആവശ്യമില്ല സ്വയം അത് അറിവാണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലളിതമാണ് സ്വയം അത് അറിവാതിരിക്കുമ്പോൾ അതിന് ഇനി അന്യഗ്രഹണസ്യ പ്രാപ്ത പക്ഷെ നമുക്ക് ചിന്തിക്കാം ഞാൻ ഇതിനെയും അതിനെയും അറിഞ്ഞതുപോലെ ഇനി ബ്രഹ്മത്തെ അറിയുന്നു അത് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഈ അറിവ് പലതും നമ്മൾ പ്രതീക്ഷിക്കുന്നു കൈവരുന്നു കൈവിട്ടുപോകുന്നു അതുപോലെ പ്രാപ്തമാകുന്നു ബ്രഹ്മത്തെ സംബന്ധിച്ചു അന്യഗ്രഹണസ്യ പ്രാപ്ത പ്രതിഷേധാർത്ഥം പക്ഷെ അത് അത് അതിന്റെ ആവശ്യമില്ല ബ്രഹ്മസ്വയം അറിവായതുകൊണ്ട് അതിൽ മറ്റൊരു അറിവിന്റെ ആവശ്യമില്ല സ്വപ്നി ക്രിയ അസ്തിത്വപരം വാക്യം അതുകൊണ്ട് ഞാൻ എന്നെ അറിയുന്നു എന്ന് തന്നിൽ തന്നെയുള്ള ഒരു ക്രിയ അതിന്റെ അസ്തിത്വത്തെ സമർപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത് മറ്റൊന്നിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ അറിയുന്നു എന്നൊരു അർത്ഥ എടുത്തു കളയരുത് എന്ന് പറയുന്നത് സ്വാത്മനി ക്രിയാശ്ചിത്വപരം ഈ വാക്യം തന്നിൽ ഉള്ള ഒരു ജ്ഞാനക്രിയയെ ബോധിപ്പിക്കുന്നില്ല അറിയുക എന്ന് പറയുന്നത് ജ്ഞാനക്രിയയാണ് ജ്ഞാനത്തിൽ ആരോപിതമായിരിക്കുന്ന ക്രിയയാണ് അത് ആത്മഭിന്നമായ സർവത്തിൽ സംഭവിക്കാം ആത്മാവിൽ സംഭവിക്കത്തില്ല അവിടെ നിരാകരിക്കാനേ ഉള്ളൂ ബുദ്ധിക്ക് നിഷേധിക്കാനുള്ള കാര്യങ്ങളെ ഒന്നു അല്ലാതെ ബുദ്ധിക്ക് അവിടെ ആർജിക്കാനായിട്ടൊന്നുമില്ല അവർ പറയുന്നു ക്രിയാസ്തിത്വപരം വാക്യം അതുകൊണ്ട് വർഷകാനൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും ഈ പ്രസംഗങ്ങളെല്ലാം നിത്യാധാരണകളെ നിരാകരിക്കാൻ വേണ്ടി മാത്രം ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് അത് അപവാദ ശേഷം ബാധശേഷം എന്നൊക്കെ സാങ്കേതികമായി പറയും ഉദാഹരണത്തിൽ പറയും എന്താ രജു എന്ന് പറയുന്നത് സർപ്പത്തെ നിഷേധിച്ചാൽ ശേഷിക്കുന്നു അല്ലാതെ ആ സർപ്പം എന്താ അവിടെ രജുവിനെ ഇട്ടിട്ട് മറിഞ്ഞു കളഞ്ഞാണോ ോ സർപ്പം അവിടെ രജീവിനെ കൊണ്ടുവന്നില്ലല്ലോ പക്ഷേ സർപ്പത്തെ നിഷേധിച്ചാൽ ശേഷിക്കുന്നുണ്ട് അതുപോലെ എന്താണോ നിഷേധിച്ചാൽ ശേഷിക്കുന്നത് അല്ലാതെ ആത്മാനം വിജാനാദി ഈ തിന്ന താൽ തന്നെ അറിയുന്നു അർത്ഥമില്ല ആത്മാവിനെ അറിയുന്നു എന്നൊക്കെ വലിയ അലങ്കാരികമായ ഭാഷയിൽ പറഞ്ഞാലും അതൊക്കെ അർത്ഥശൂന്യമാണ് ഇത്തരം ഭ്രാന്തമായ ധാരണകളെ ഭ്രാന്തികളെ നിഷേധിക്കുക അതിനാണ് ഈ ചർച്ച വ്യക്തമായും പറയുന്നു സ്വാത്മനിജ ഭേദാഭാവ വിജ്ഞാനാനുപത്തി എത്രയോ തവണ ഇത് വിശദീകരിച്ചിട്ടുള്ളതാണ് സ്വാത്മനി സ്വസ്വരൂപത്തിൽ ഭേദാഭാവാത് അവിടെ ഭേദമില്ല അതുകൊണ്ട് വിജ്ഞാനാനുഭൂത്തി അവിടെ വിജ്ഞാനം സ്വനുഭവം അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല ആത്മാവിൽ അനുഭവം സംഭവിക്കത്തില്ല എന്തുകൊണ്ട് സ്വയമത അനുഭവമാണ് ലളിതമാണ് അനുഭവ സ്വരൂപമായിരിക്കുന്നത് അതിലെങ്ങനെ അനുഭവം സംഭവിക്കുന്നു ഉണ്ടാകുന്ന നേരത്തെ പറഞ്ഞു തകാശത്തിൽ മറ്റൊരാകാശം ഉണ്ടാകുന്നു എന്ന് പറയുന്ന പോലെയാണ് അതെങ്ങനെ സംഭവിക്കുന്നു ആത്മാശ്രയദോഷം പ്രകാശത്തിനെങ്ങനെ മറ്റൊരു പ്രകാശം സംഭവിക്കുന്നതിന്റെ ആവശ്യമുണ്ടല്ലോ പ്രകാശ സ്വരൂപം തന്നെ ആ നൂറ് പ്രകാശമായിരുന്നാലും അതിന്റെ സ്വരൂപത്തിന് മാറ്റമില്ല അത് പ്രകാശം തന്നെ അതുപോലെ നൂററിവുകൾ ജീവനിൽ സംഭവിച്ചാലും അതറിവ് തന്നെ അതിന്റെ സ്വരൂപത്തിന് അറിവെന്നുള്ള സ്വരൂപത്തിന് ഈ അനന്തമായ അറിവിലും മാറ്റം സംഭവിക്കുന്നില്ല അതാണ് ഗ്രഹിക്കേണ്ട കാര്യം അതുകൊണ്ട് ഇവിടെ വ്യക്തമായും പറയുന്നു സ്വാത്മനിജ ഭേദാഭാവാ വിജ്ഞാനാനുഭൂത്തി സ്വാത്മാവിന് ഭേദമില്ലാത്തതുകൊണ്ട് വിജ്ഞാനമില്ല പിന്നെ ഈ ബ്രഹ്മജ്ഞാനി ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നേരെ ഭ്രാന്തി ഇവിടെ ഭാഷകാരൻ നിഷേധിക്കുന്ന ഈ ഭ്രാന്തികൾ ആ ഭ്രാന്തികൾ എവിടെയാണോ നിരാകരിക്കപ്പെട്ടിരിക്കുന്നു അതാണ് വ്രഹജ്ഞാനി എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ അത് പിന്നെ എങ്ങനെയിരിക്കും എങ്ങനെ ചോദിച്ചാൽ ആ ചോദ്യത്തിന് അനവസ്ഥ ദോഷമുണ്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വിരുഭാ പിന്നെ എങ്ങനെയാണ് പിന്നീട് എങ്ങനെയാണ് അത് നിഷേധിച്ചാൽ പിന്നീട് എങ്ങനെയാണ് ഏത് സമാധാനവും അടുത്ത ചോദ്യത്തിന് കാരണമായി തീരും അനവസ്ഥാ ദോഷം ഒരു ഉറക്കം വരത്തില്ല ഉറങ്ങാനൊക്കത്തില്ല എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഉത്തരം അതുകൊണ്ട് എന്താണോ ഇവിടെ ആ ഭ്രാന്തിയുടെ നിരാകരണം അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ വേറെ അനുഭവത്തെ നിന്നും ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല അത് സ്വയം വിജ്ഞാനസ്വരൂപമാണ് അതുകൊണ്ട് വിജ്ഞാനാനുഭൂത്തി വിജ്ഞാനത്തിൽ വിജ്ഞാനത്തിന്റെ ആവശ്യമില്ല സ്വാത്മനി ഭേദാഭാവം അത് വിജ്ഞാനാപൂർത്തി അതുകൊണ്ട് ആത്മാവിൽ ആത്മാവിനെ കുറിച്ചുള്ള വിജ്ഞാനം അതുണ്ടാകത്തില്ല അവിടെ ചിലര് ചിന്തിക്കും ചോദിക്കും സാങ്കേതികമായിട്ടൊക്കെ വേദാന്തത്തെ വിശദീകരിക്കുന്നിടത്ത് പറയും അഖണ്ഡാകാരവൃത്തി ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ആൾക്കാരെ പേടിപ്പിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട് ഇതൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് ചരമവൃത്തി അഖണ്ഡാകാരവൃത്തി ഇങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മളൊന്ന് ഞെട്ടും അതൊക്കെ എന്താ അതെല്ലാം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എല്ലാം ചർച്ചയിൽ പറയുന്ന എന്താണോ അതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെയൊക്കെ താല്പര്യം ഇതാണ് എന്താണ് ഭ്രാന്തിയുടെ നിരാകരണം ആ ഭ്രാന്തിയുടെ നിരാകരണത്തെയാണ് ഈ പറയുന്നത് കടുത്ത ഭാഷയിലൊക്കെ പറയുന്നത് ചിലടത്ത് കടുത്ത ഭാഷയിൽ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ അവരുടെ സരളമായ ഭാഷയെ കുറഞ്ഞവർക്ക് മനസ്സിലാക്കാൻ പ്രയാസം അവരുടെ ഭാഷയെ കുറയും താർക്കികന്മാരും മറ്റുമുണ്ട് അവരുടെ ഭാഷ കടുത്ത ഭാഷയാണ് അവരോട് ഈ സരളമായ ഭാഷയെ കുറഞ്ഞവർ അംഗീകരിക്കത്തില്ല അപ്പം അവരോട് ഈ അദ്വൈതം പറയാൻ വേണ്ടിയിട്ടാണ് അഖണ്ഡാകാരമൃത്തി ചരമപ്പെടുത്തി ഇങ്ങനെയൊക്കെയുള്ള കടുത്ത പ്രയോഗങ്ങൾ അതൊന്നും കേട്ടിട്ട് നമ്മൾ ഞെട്ടേണ്ട കാര്യമൊന്നും അതന്നെ ഇവിടെ പറയുന്ന ഈ നിവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത് ഭ്രാന്തി നിവൃത്തി ആരോഗ്യ നിവൃത്തി ബാധ അപവാദം അതൊക്കെ തന്നെയാണ് അവിടെ പറയുന്നത് അതുകൊണ്ട് ഇവിടെ തർപ്പിച്ചു പറയുന്നത് എന്താണ് ആത്മാവരിക്കലും വിജ്ഞേയുമല്ല മറ്റൊന്നിനെയും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുമില്ല ഇവിടെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം ആത്മവിദ്യയെക്കുറിച്ച് പറയുന്നിടത്ത് സാധാരണ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അതൊന്നും തെറ്റെന്നല്ല പറയുന്നു ആത്മാനുഭവം എന്ന് പറയാറുണ്ട് ആത്മാനുഭൂതി എന്ന് പറയാറുണ്ട് സാക്ഷാത്കാരമെന്ന് പറയാറുണ്ട് ആത്മാവിനെ അറിയുന്നു എന്ന് പറയാറുണ്ട് ഈ പ്രയോഗങ്ങളെല്ലാം അസംബന്ധങ്ങൾ എന്നല്ല കാരണം ആചാര്യന്മാരെല്ലാം ഇത് പ്രയോഗിക്കാറുണ്ട് ആ പ്രയോഗങ്ങൾ ലൂടെ ലക്ഷ്യമാക്കുന്ന എന്താണ് അതാണ് ഇവിടെ പറയുന്നത് ആ പ്രയോഗങ്ങൾക്ക് നമ്മൾ സാധനം ധരിച്ച് വിട്ട് കളയുന്ന അർത്ഥമല്ല അതാണ് പറയുന്നത് ആ പ്രയോഗങ്ങൾ തെറ്റൊന്നും ഉണ്ടായില്ല അങ്ങനെയാണെങ്കിൽ ഇതുവരെ പറഞ്ഞ എല്ലാ ആചാര്യന്മാരും പറഞ്ഞ കസംബന്ധം നമ്മളിപ്പോൾ പറയുന്ന മാത്രം ശരി അങ്ങനെ വരൂ അങ്ങനെയല്ല പറയുന്നു അതിൻ്റെ എല്ലാം താല്പര്യം ഇതാണ് നമ്മളാരെങ്കിലും അതിൻ്റെ താല്പര്യങ്ങളെ തെറ്റായി ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിരാകരിക്കുക അതിനു വേണ്ടി പറയുന്നതാണ് മറ്റാർക്കും വിവരമില്ലെന്നല്ല പറയുന്നു അവിടെയൊക്കെ ഉദ്ദേശിക്കുന്ന ഇത് ഏത് മഹാത്മാവ് പറഞ്ഞാലും പക്ഷെ അവര് ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് തോന്നും വളരെ ലളിതമായി പറഞ്ഞു എനിക്ക് കാര്യം പിടികിട്ടി എന്ന് തോന്നുന്നു പറഞ്ഞത് ലളിതമായിട്ടാ പറഞ്ഞത് പക്ഷെ വിഷയം ഗഹനമാണ് അതിന്റെ ഗഹനത എന്താണ് അതാണ് ഇവിടെ ഭാഷകാരൻ കൊലപ്പെടുത്തുന്നത് ലളിതമായി പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതും ഒരു ഭ്രാന്തി കാര്യം മനസ്സിലായി എന്ന് തോന്നുന്നു മനസ്സിലാകാതെ മനസ്സിലായി എന്ന് തോന്നുന്നു ഒരു ഭ്രമമല്ലേ ആ ഭ്രമത്തെ ഇവിടെ ശക്തമായ ഭാഷയിൽ ഭാഷയകാരൻ നിഷേധിക്കുന്നു അതിന് ചെറിയ മരുന്നു കൊണ്ട് പറ്റത്തില്ല കടുത്ത ഡോസ് എന്ന് വേണം അതിനുവേണ്ടിട്ടത് ഗഹനമായി തന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അതുകൊണ്ട് പറയുന്നു വിജ്ഞാനാനുപത്തി സ്വാത്മനി സ്വസ്വരൂപത്തിൽ ഒരു വിജ്ഞാനം ഉണ്ടാകത്തില്ല അത് പ്രതീക്ഷിക്കില്ല അപ്പൊ നമ്മൾ ഞാനെ കർത്തൃത്വം ആഗ്രഹിക്കുന്നു ജ്ഞാനത്തെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു സ്വരൂപത്തിൽ വിജ്ഞാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എന്താണ് ഇതൊക്കെയാണ് ബ്രഹ്മജ്ഞാനം എന്ന് ധരിച്ചുകൊണ്ട് അതൊക്കെ അസംബന്ധമാണ് ആത്യന്തികമായിട്ട് ബ്രഹ്മജ്ഞാനത്തെ കുറിച്ചെല്ലാം ഗുരുക്കന്മാർ പറയുന്നത് ശാസ്ത്രജ്ഞർ പറയുന്നത് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് മഹാത്മാക്കൾ പറയുന്നതെല്ലാം നമ്മളവിടെയെന്നാ അതിന്റെ വാക്യാർത്ഥത്തെടുക്കുന്നു താല്പര്യത്തെ ഗ്രഹിക്കുന്നുണ്ട് ശ്രുതിന്നെ പറഞ്ഞത്യ വിജാനാദി ഉടൻ നമ്മള് ധരിക്കുന്നു അവനെന്ന അവൻ അവനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു വളരെ ലളിതമായി അനായാസമായി നമ്മൾ ധരിക്കുന്നു അത് ശരിയല്ലെന്നാ അവിടെ പറയുന്നു നമ്മൾ ധരിക്കുന്നത് അല്ല കാര്യങ്ങളുടെ കിടപ്പ് അതാ പറയുന്നു നമ്മളെന്ന് ഞാൻ പൊതുവായിട്ട് പറയുകയാണ് ഇവിടെയുള്ള ബ്രഹ്മഞ്ജാനികളെ ഒഴിവാക്കിയിട്ടാണ് ഞങ്ങളെല്ലാം അജ്ഞാനികളെന്ന് വിളിച്ചു എന്നും ആരും എന്റെ പേരിൽ ആക്ഷേപം പറയരുത് ബ്രഹ്മഞ്ജാനികൾ ഒഴിവുള്ളവരെ എടുത്താൽ മതി ചെന്ന് പറയുമ്പോൾ ഞങ്ങൾ എപ്പോഴും എപ്പോഴും ഞങ്ങൾ അജ്ഞാനികളെന്ന് പറയുന്നു മനസ്സിലാവുന്നില്ലെന്ന് പറയും മനസ്സിലായവരൊന്നും നിരുത്സാഹപ്പെടുത്തുന്നില്ല ജ്ഞാനികളെന്ന് ഞാൻ തിരന്താഴ്ത്തുന്നുണ്ട് ജ്ഞാനികളൊക്കെ ജ്ഞാനികളായി തന്നെ ഇരുന്നോട്ടെ അല്ലാത്തവരെ കുറിച്ച് പറയുകയാണ് എവിടെയാണ് ആ ഭ്രമസങ്കല്പങ്ങൾ നിൽക്കുന്നത് അവിടെ അതിനെ നിരാകരിക്കുന്നു അതാണ് ഭക്ഷ്യകാര്യം ചെയ്യുന്നു അതില്ലാത്തവിടത്തെ നിരാകരിക്കേണ്ട കാര്യം ആവശ്യമില്ലാത്തടത്ത് എന്റെ ആവശ്യമില്ല അതുകൊണ്ട് ആത്മനശ്ച വിജ്ഞയെത്തി ആത്മാവിനെ വിജ്ഞയമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രഭാവപ്രസംഗം ഈ ബ്രഹ്മജ്ഞാനിയേരില്ലാതായിരിക്കും ബ്രഹ്മം ജ്ഞാനിക്കുന്നപ്പോ എന്തുകൊണ്ട് ബ്രഹ്മം തന്നെ ഇല്ലാതെയായിരുന്നു എന്ന് നമ്മൾക്ക് കൽപ്പിക്കേണ്ടി വരുന്നില്ല വാസ്തവത്തിൽ ആകത്തില്ല അതൊക്കെ നമുക്ക് അംഗീകരിക്കേണ്ടി വരുംഭാവം അതൊക്കെ ഏതൊരു ജ്ഞാതാവിനാണോ ഈ സർവ്വ സർവ്വജ്ഞാനങ്ങളും ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതും ന്യായമാണെന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഞാൻ സംഭവിക്കുന്ന മറ്റൊരിടം തേടിപ്പോകേണ്ടി വരും അതിവിടെയാ സംഭവിച്ചു അതെവിടെയാണ് എന്നിങ്ങനെ തേടിപ്പോ അത് അസംബന്ധമാണോ ആത്മനശ്ചയർത്തി ആത്മാവിനെ വിജയമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാത്ത അഭാവപ്രസംഗം ജ്ഞാതാവിന് അഭാവം വരും വളരെയധികം ചർച്ച ചെയ്യാനും ചിന്തിക്കാനും ഉള്ളൊരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇത് തുടർന്നു പോകുന്നുണ്ട് ഈ ചർച്ച നീണ്ടുപോകുന്നുണ്ട് ഭക്ഷ്യകാരൻ്റെ ഒരു ശ്രമമാണ് അതിന്റെ ആവർത്തനത്തിലൂടെ ഒരുവന്നിരിക്കുന്ന ഈ ഭ്രാന്തകൽപ്പനകളെ നിഷേധിക്കുക അങ്ങനെ നിഷേധിച്ച് ഗുരുക്കന്മാർ ഉപദേശിക്കുന്നതിന്റെ വാസ്തവ താല്പര്യത്തെ ഗ്രഹിക്കുക അതാണ് ഇതിന്റെ താല്പര്യം അതാണ്